ക്ഷിമുഖനായി വിശ്വൻ സ്ഥിതി ചെയ്യുന്നു പ്രധാനിയായിട്ട് തൈസൻ സ്ഥിതി ചെയ്യുന്നു ഹൃദയാകാശത്തിൽ ഇങ്ങനെ ഈ ദേഹത്തെ ആശ്രയിച്ച് വിശ്വ തൈസ പ്രാജ്ഞന്മാർ സ്ഥിതി ചെയ്യുന്നു എന്ന കാര്യമാണ് പറഞ്ഞത് അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണ് ഭാഷ വിശ്വ തൈജസ്മാർ വിശ്വൻ വൈശ്വാനരനോട് അഭിന്നനാണ് ഉപാധികളിലുള്ള വ്യത്യാസമുള്ള വിശ്വനും സമഷ്ടി ഉപാധിരൻ അതുപോലെ തൈജസൻ ർഭൻ വൃഷ്ടി ഉപാധിയിൽ അതുപോലെ സമഷ്ടി ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് പ്രാജ്ഞനും അമ്പ്യാകൃതനും ആ വിഷയമാണ് കൂടെ ചർച്ച ചെയ്യുന്നത് വൃഷ്ടി ഉപാധിയെ ആശ്രയിച്ചുകൊണ്ട് തേജസ്സൻ പ്രാജ്ഞനും സ്ഥിതി ചെയ്യുന്നു അതാണ് സുഷുപ്തി ആ സുഷുപ്തിയിലെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അവിടെ അവ്യാകൃത രൂപത്തിലിരിക്കുന്നു ജീവൻ പ്രാണബന്ധനനായിരിക്കുന്നു അവ്യാകൃതനോട് ഏകീകരിച്ചിരിക്കുന്നു അതാണ് ഇവിടെ ചർച്ച അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രാണനെ കുറിച്ച് വിശദമായി പറഞ്ഞു സുഷുതിയിൽ സംഭവിക്കുന്നത് തന്നെ മരണത്തിൽ സംഭവിക്കുന്നു അതിന് സമാനതകളുണ്ട് മരണത്തിവിടെ പറഞ്ഞു പ്രാണലയം അവിടെ പ്രാണൻ അപയാകൃതാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു സുഹൃത്തിനും അപയാകൃതാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു സുഹൃത്തിയിൽ സ്ഥൂല ശരീരമായിട്ട് ബന്ധമുണ്ട് മരണത്തിൽ അതില്ല എന്നതിന്റെ വ്യത്യാസം പറഞ്ഞു രണ്ടിടത്തും പ്രാണൻ അപയാകൃത രൂപത്തിലിരിക്കുന്നു അവ്യാകൃതൻ എന്നുള്ളതിന് പറഞ്ഞു ദേശ കാല വസ്തുബോധം ഇല്ലാതിരിക്കുന്നു ജീവാഭിമാനി ശരീരാഭിമാനിയായിരിക്കുന്നു ജീവൻ അവ്യാകൃതാവസ്ഥയിലിരിക്കുന്നു പറഞ്ഞു അതിന് സുഷിപ്തയെക്കുറിച്ചുകൂടെ രണ്ടുതരത്തിൽ പറഞ്ഞു സുഷുപ്ത ദൃഷ്ടിയിലും പാർശ്വസ്ത ദൃഷ്ടിയിലും സുഷ്തി രണ്ടു തരത്തിൽ കൂടെ ചർച്ച ചെയ്യുന്നു പാർശ്വസ്ഥ ദൃഷ്ടി എന്ന് പറയുന്നത് സർവ്വസാധാരണമായ അനുഭവമാണ് ഒരാള് ഉറങ്ങിക്കിടക്കുന്നു ഒരാൾ അയാളെ സമീപത്തിരുന്ന് കാണുന്നു ാണുമ്പോൾ അത് സുഷുപ്തിയെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം ഓരോ ജീവനും തന്റെ സുഷുപ്തിയെക്കുറിച്ച് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല പക്ഷെ മറ്റുള്ളവരുടെ സുഷുപ്തിയെ കുറിച്ച് അറിയാൻ പറ്റുന്നു അതാണ് പർശുസ്ഥ ദൃഷ്ടി എന്ന് പറയും എന്താണ് കാണുന്നത് അവിടെ സുഷുപ്തനിൽ പ്രാണവ്യാപാരം നടക്കുന്നു ഇന്ദ്രിയ നടക്കുന്നില്ല പക്ഷെ പ്രാണവ്യാപാരം നടക്കുന്നുണ്ട് എങ്ങനെ നമ്മളറിയുന്നു വിശ്വാസ വിശ്വാസം ചെയ്യുന്നു അപ്പൊ സുഷുതിയിൽ പ്രാണനുണ്ടെന്നാണ് എങ്ങനെയാ പ്രാണൻ വ്യാകൃതമായ രീതിപ്പെടുത്തികളെല്ലാം മുഖ്യപ്രാണനിൽ വിലയിച്ചെങ്കിലും ആ പ്രാണനൂടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോ ആ അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം ആർക്കും പ്രത്യക്ഷമായിരിക്കുന്ന കാര്യമാണ് ഉറങ്ങിക്കിടക്കുന്നതും ശ്വാസോച്ഛ്വാസം ചെയ്യും അപ്പൊ അതിനെ കുറിച്ച് കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു അനുഭവം അപ്പോ ജീവൻ അവ്യാകൃതനോട് ഏകീഭവിച്ച് കേവലം ബീജമാത്രമായി സ്ഥിതി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ പ്രാണവ്യാപാരങ്ങൾ നടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനെ അംഗീകരിക്കും പാർശ്വസ്തു ദൃഷ്ടിയിലത് ശരിയാണ് കാണുന്നവന്റെ കാഴ്ചയിൽ അത് ശരി തന്നെയാണ് അവിടെ പ്രാണൻ പ്രവർത്തിക്കുന്നുണ്ട് സുഷുപ്തന്റെ ശരീരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ശരീരത്തെ നിലനിർത്തുന്നതിനുള്ള പ്രാണനെ മുഖ്യമായി ആശ്രയിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അത് ആ ദൃഷ്ടിയിലതിനീകരിക്കുന്നു അതേസമയം സുഷുപ്ത ദൃഷ്ടിയിൽ പറയണം ഉറങ്ങിക്കിടക്കുന്നവന്റെ ദൃഷ്ടി അതങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവനെന്താ അവിടെ ദൃഷ്ടി അവന്റെ ദൃഷ്ടി ശൂന്യനാണ് എന്നാലും ഉണർന്നിരിക്കുന്ന നമുക്ക് ഭാവന ചെയ്ത് ഉറങ്ങുമ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു ഉണർന്നിരിക്കുന്നവൻ ഉറങ്ങുന്നവനെക്കുറിച്ച് ഭാവന ചെയ്തു കഴിഞ്ഞാൽ അവന് അവിടെ ഒന്നുമില്ല എന്നുള്ള അനുഭവം മാത്രമേ ഉള്ളൂ പ്രാണനുണ്ടെന്നോ ശരീരമുണ്ടെന്നോ പ്രാണൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നോ ഒന്നും അവിടെ പറയാൻ കഴിയത്തില്ല അതാണ് സുഷിക്ത ദൃഷ്ടി ആശ്രയിച്ചുള്ള അവിടെ പൂർണ്ണമായ അമ്പ്യാകൃതത്വമാണ് അപ്പോൾ പൂർണ്ണമായ അവ്യാകൃതത്വം പറയുന്നത് ഉണർന്നിരിക്കുന്നവന്റെ ഭാവനയിലൂടെയാണ് പറയുന്നത് വാർശ്വസ്ഥ ദൃഷ്ടി പറയണെങ്കിൽ അവിടെ പ്രാണൻ വ്യാകൃതമാണ് ഈ രണ്ട് ദൃഷ്ടിയിലും എങ്ങനെയാണോ അനുഭവം അതിനനുസരിച്ച് കാര്യങ്ങളെ വിശദീകരിക്കുക രണ്ട് ദൃഷ്ടി ഇവിടെ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഭാഷകാലം പറയുന്നത് നിങ്ങൾക്ക് രണ്ട് തരത്തിലൊന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ അനുഭവം എങ്ങനെയാണോ അങ്ങനെ ചിന്തിക്കുക മാറിയിൽ നിന്നും ഉറങ്ങി കിടക്കുന്നവനെ കാണുക അപ്പോൾ അവിടെ വ്യാകൃതനായ പ്രാണനിയും മറ്റും കാണുന്നുണ്ട് അങ്ങനെ ഒരു നിഷേധിക്കാൻ പറ്റത്തില്ല അപ്പൊ ചിന്തിക്കാം ആ ചിന്തിച്ചാലും അവിടെ ഒരു അവ്യാകൃതാവസ്ഥയുണ്ട് എന്തുകൊണ്ട് അവന്റെ ശരീരം നിലനിൽക്കുന്നു അവന്റെ പ്രാണൻ പ്രവർത്തിക്കുന്നു എല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും അറിയുന്നില്ല അവനൊരു ജാഗ്രത സ്വപ്ന അവസ്ഥകളില്ല അപ്പോൾ പാർശ്വസ്ത ദൃഷ്ടിയിൽ സുഷുത്തിനെ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെ പ്രാണൻ പ്രവർത്തിക്കുന്നു ശരീരം കിടക്കുന്നു എന്നെല്ലാം നമ്മുടെ അനുഭവത്തിലുണ്ടെങ്കിലും അവിടെ അവ്യാകൃതാവസ്ഥയാണ് അവ്യാകൃത എന്ന് പറഞ്ഞാൽ എന്താണ് ബീജാവസ്ഥ എന്തുകൊണ്ട് അവിടെ ജാഗ്രത സ്വപ്നവും സംഭവിക്കുന്നില്ല അപ്പം അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ ജാഗ്രത സ്വപ്നവും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ബീജാവസ്ഥയാണ് ആ ബീജാവസ്ഥയെന്ന് പറയുന്നത് അവ്യാഹതം എന്ന് പറയുന്നത് അതിന് ആ രീതിയിൽ എടുക്കുക അല്ലെ ഇനി സുഷിപ്ത ദൃഷ്ടിയ ഭാവനയെ നോക്കുക സുഷിപ്ത ദൃഷ്ടിയ ഭാവനയും പോറിയുന്നത് ഒന്നും അറിയുന്നില്ല ഇവിടെ ശരീരം ഉണ്ടെന്നോ പ്രാണൻ പ്രവർത്തിക്കുന്നോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ബോധശൂന്യനായി ഉറങ്ങും ബോധശൂന്യനായി ഉറങ്ങുന്നവനെ സംബന്ധിച്ച് പിന്നെ ശരീരത്തെ കുറിച്ചുള്ള ബോധം പ്രാണനെക്കുറിച്ചുള്ള ബോധം ഇതൊന്നും സങ്കല്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല അവിടെ എന്താണ് അവ്യാകൃതാവസ്ഥയാണ് അപ്പോ അവിടെ അവ്യാകൃതാവസ്ഥയിലിരിക്കുന്നു അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത് ഏത് ദൃഷ്ടിയിലൂടെ പരിശോധിച്ചാലും ഒരിടത്ത് അറിയാത്തത് കൊണ്ട് അവ്യാകൃതാവസ്ഥയെന്ന് പറയുന്നു മറ്റൊരിടത്ത് ബോധമില്ലാത്തതുകൊണ്ട് അവ്യാകൃതാവസ്ഥയെന്ന് പറയുന്നു രണ്ട് രീതിയിലായാലും അവ്യാകൃതാവസ്ഥയാണ് അവ്യാകൃതാവസ്ഥ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ അവ്യാകൃത ായ അന്തര്യാമിയോട് ആ ജീവൻ ഏകീഭൂതനായിരിക്കുന്നു ഇതാണിവിടെ നമ്മളെ മനസ്സിലാക്കിത്തരാൻ ശ്രമിക്കുന്നത് ഏകീഭൂതനായിരിക്കുന്ന അവിടെ അന്തര്യാമി ജീവൻ എന്നുള്ള ഭേദം നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് അവിടെ സുഷുതനെ കുറിച്ച് പറയുന്നത് അവൻ സർവജ്ഞനാണ് സർവേശ്വരനാണ് എന്നെല്ലാം പറയുന്നു അല്ലാതെ ജീവന്റെ സ്വന്തമായ നിലയിലെടുത്തുകൊണ്ടല്ല ജീവൻ ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രതത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഒന്നും അവൻ സർവജ്ഞനാകുന്നില്ല സർവീശ്വരനും ആകുന്നില്ല അവൻ അൽപജ്ഞനായും പരിച്ഛന്നനായും തന്നെ ഇരിക്കുന്നു അതേ ഭാവത്തിൽ അതേ അവസ്ഥയിൽ അവനെ സർവജ്ഞനെന്നല്ല പറയുന്നു അവന്റെ ആ ഭാവങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അന്തര്യാമിയോട് ഏകീഭവിക്കുമ്പോൾ ആ അന്തര്യാമിയെ ി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പറയുന്നത് അവന് സർവജ്ഞനാണ് കാരണം അവന് സ്വന്തമായൊരു നിലനിൽപ്പില്ല അവിടെ സ്വന്തമായ നിലനിൽപ്പില്ലെങ്കിൽ അവിടെ ജീവഭാവം ഇല്ല ജീവഭാവം ഇല്ലെങ്കിൽ ശേഷിക്കുന്നെന്താണ് അന്തര്യാമിയാണ് സർവേശ്വരനാണ് അപ്പൊ ജീവനെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല പറയുന്നത് ജീവൻ സർവജ്ഞനാണെന്നോ സർവേശ്വരനാണ് മറിച്ച് അവിടുത്തെ അന്തര്യാമി അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും അന്തര്യാമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് നെയ് സുഷുപ്തിൽ സർവജ്ഞനാണ് സർവീശ്വരനാണ് അതാണ് ഇവിടെ പറയുന്നത് ആ ഭഗവാന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് യൂസ് പ്രാണാഭിമാനസ്ഥാകൃത അത് ഈ അവസ്ഥയിലാണ് ഈ വ്യാകൃതത്വം ഉണർന്നിരിക്കുന്നു എല്ലാം കാണുന്നു തഥാപി പിരിച്ഛിന്ന വിശേഷാഭിമാന നിരോധ പ്രാണേ ഭവതി സുഷുപ്തിൽ പ്രാണൻ അന്തരിയാമിയോട് അവൻ ഏകീഭവിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ സുഷുതിയെ കുറിച്ച് നിങ്ങൾ ഭാവന ചെയ്താലും അടുത്ത് കിടന്നുറങ്ങുന്നവനെ നോക്കിയാലും രണ്ട് രീതിയിലായാലും ഇതുതന്നെ സംഭവിക്കുന്നത് പരിച്ഛിന്നഭിമാനവതാണ് ഈ ജീവന്മാരെ സംബന്ധിച്ച് അവിടെ ഭവനം സംഭവിക്കുന്നു യഥാ പ്രാണന ഈ പരിച്ഛിന്നാഭിമാനിന പ്രാണോ വ്യാകൃത തഥാ പ്രാണാഭിമാനിനോ അവസ്ഥ സംഭവിക്കുന്നു അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് നില്ക്കുന്നു തന്റെ എല്ലാ വൃത്തികളെയും ഇന്ദ്രിയ വൃത്തികളെയും മനോവൃത്തികളെയും എല്ലാം വസംഹരിച്ചിട്ട് സൂക്ഷ്മ ശരീരസ്ഥിതനായിരുന്നു പ്രാണാഭിമാനത്തി അവിശേഷാപത്വ്യാകൃത അവ്യാകൃത അവസ്ഥ ചെയ്യുന്നു ഇവിടെ സ്ഥൂല ശരീരത്തിലൂടെയുള്ള ഒരു പ്രവർത്തനങ്ങളും ഉണ്ട് അതുകൊണ്ട് അവിടെ അവ്യാകൃത അവസ്ഥീകരിക്കുന്നു അവ്യാകൃത സമാന സ്ഥൂല ശരീര ബന്ധം പ്രാണൻ വിട്ടു കഴിഞ്ഞാൽ കേവല സൂക്ഷ്മശരീര സ്ഥിരനായി പ്രാണൻ സ്ഥിതി ചെയ്യുമ്പോഴും പ്രാണന് പ്രവർത്തിക്കാനൊക്കത്തില്ല പ്രാണന് ഏതെങ്കിലും തരത്തിൽ മരണശേഷവും പ്രവർത്തിക്കണമെങ്കിൽ അതിന്റേതായ ശരീരം കൂടിയെത്തിയിരുന്നു അത് മരണത്തിന് ശേഷമുള്ള ശരീരത്തിന്റെ ജീവന്റെ ഗതിയെ കുറിച്ച് പറയുന്നുണ്ട് ഉപനിഷത്തുകളിലും മറ്റുമൊക്കെ പറയുന്നുണ്ട് മരണശേഷവും ആ ജീവന് സൂക്ഷ്മ ശരീരത്തോടു കൂടിയിരിക്കുന്ന ജീവന് പലതരത്തിലുള്ള ഗതി സംഭവിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നിടത്തും ആ ജീവന്റെ ഗമനത്തിന് അനുകൂലമായ ശരീരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സൂക്ഷ്മ ശരീരത്തിൽ പ്രത്യേകമായ ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് തത്വ ലോകങ്ങൾക്ക് അനുകൂലമായ ശരീരങ്ങളെ സ്വീകരിക്കുന്നെന്ന് പറയുന്നു അപ്പോൾ കേവല സൂക്ഷ്മ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അവ്യാകൃത തന്നെയാണ് അവിടെയും പിന്നീട് ആ ജീവന് സഞ്ചരിക്കണമെങ്കിൽ ആധിവാഹിക ശരീരം ഇങ്ങനെയൊക്കെയുള്ള ശരീരങ്ങളെക്കുറിച്ച് പറയുന്നു മറ്റൊരു സ്ഥൂലമായ ഈ ഭൂലോകത്തിൽ ജീവിക്കുന്നതിന് അനുകൂലമായ യോഗ്യമായ ഒരു ശരീരം കിട്ടുന്നതുവരെ ജീവൻ സഞ്ചരിക്കുന്നത് മറ്റ് ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് എന്നുവെച്ചാൽ മറ്റ് സ്ഥൂല ശരീരങ്ങൾ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായ സ്ഥൂല ശരീരങ്ങൾ അതാത് ലോകങ്ങൾക്ക് യോഗ്യമായ അതാത് യോനികൾക്ക് യോഗ്യമായ ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതെന്നും മറ്റും പറയുന്നു അവിടെയും എന്താണോ മരണത്തിലും പ്രാണനെ സംബന്ധിച്ചിടത്തോളം അവ്യാകൃതയാണ് സംഭവിച്ചിരിക്കുന്നത് അടുത്തൊരു ശരീരം സ്വീകരിച്ച് അത് പ്രവർത്തിക്കുന്നതുവരെ അതാണ് ഇവിടെ പറയുന്നത് അപ്പം അവ്യാകൃത എന്ന് പറയുന്നത് അന്തര്യാമിയമായിട്ടുള്ള ഏകത്വത്തെ അതാണ് ഇവിടെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല വേറെ ലോകങ്ങളുണ്ടോ വേറെ ജീവനസഞ്ചാരമുണ്ടോ ഗതി വിഗതികൾ അതൊന്നുമില്ല ഇവിടുത്തെ ചർച്ചാ പക്ഷെ ഇവിടെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആത്മാവിനെക്കുറിച്ചാണ് ആത്മാവിന്റെ ഗതിയെക്കുറിച്ചോ ജനന മരണങ്ങളെക്കുറിച്ചോ ബരലോകത്തെക്കുറിച്ചോ ഒന്നുമില്ല ആത്മാവിനെ കുറിച്ച് ബോധിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ആത്മാവിന്റെ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു മുഖ്യമായിട്ട് ആ ഏകത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നു ആ സുഷൃത്തിയിൽ അവ്യാകൃതാവസ്ഥയിൽ ആന്തര്യാമിയോട് ഏകീകിച്ചിരിക്കുന്നു ആത്മബോധത്തെ വളർത്താനുള്ള ശ്രമമാണ് അതിനുവേണ്ടിയിട്ടാണ് ഇത് എത്രയും വിശദീകരിക്കുന്നത് അവ്യാവൃത സമാന പ്രസവ ബീജാത്മകത്വം സൃഷ്ടിയുടെ ബീജാത്മകത അത് ഉറങ്ങുന്നവനിലും ആന്തര്യാമിയിലും ഒരേപോലെയിരിക്കുന്നു ഉണരുന്നവൻ അവന്റെ ജാഗ്രതയെയും സ്വപ്നത്തിനെയും സൃഷ്ടിക്കുന്നു അവിടെ ആ സൃഷ്ടിയുടെ ബീജാത്മകത്വം പ്രസവം എന്ന് പറയുമ്പോൾ സൃഷ്ടി അതിന്റെ ബീജാത്മകത്വം അവൻ ഇരിക്കുന്നു എന്റെ ജാഗ്രത ഉണർവെന്ന് പറയുന്നത് എന്റെ സൃഷ്ടിയിൽ നിന്ന് വന്നതാണ് എന്റെ സ്വപ്നം എന്ന് പറയുന്നു അതിൽ നിന്ന് വന്നത് എന്ന് അതുകൊണ്ട് പറയുന്നു ആ ബീജാത്മകത്വം അവിടെയുണ്ട് എന്നർത്ഥം ഇത് ഈ ജീവനിൽ സംഭവിക്കുന്നതുപോലെ പറഞ്ഞ ജാഗ്രത എന്ന് പറയുമ്പോൾ മനസ്സുണർന്നു വരുന്നു അഹന്ത മമത വരുന്നു രാഗദ്വേഷാദികൾ വരുന്നു പ്രപഞ്ച ബോധമുണ്ടാകുന്നു ചിന്തകൾ സങ്കല്പങ്ങൾ എന്തൊക്കെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് സർവവും ഈ സൃഷ്ടിയിൽ നിന്ന് വന്നതാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് ഈ സുഷ്ടിയാണ് ഇതിവിടെ ഈ ജീവനിൽ സംഭവിക്കുന്നത് പോലെ സമഷ്ടിയിലും ഇതാണ് പ്രസവ ബീജാത്മകത്വവും തുല്യമാണോ ഇവിടെ അവ്യാകൃതനായിരിക്കുന്ന അന്തര്യാമിയിൽ നിന്ന് ഈ പ്രപഞ്ച സൃഷ്ടിയുണ്ടാകും ആ ബീജാവസ്ഥയിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത് പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ഇനി അടുത്തും പറയും എന്താണ് അസദേവ ഇത് മംഗര ആസി കാണുന്ന കർവവും ആ അസത്തായിരുന്നു ആ ബീജാവസ്ഥയിലായിരുന്നു എന്നാണ് നാമരൂപങ്ങൾ വെളിപ്പെടാത്ത ആ ബീജാവസ്ഥ അസത്തെന്ന് പറയുന്നത് അസത്തായിരുന്നു എന്ത് ഈ ബാഹ്യമായി കാണുന്നതല്ല ആ പ്രസവ ബീജാന്ത്മകത്വം എന്ന് പറയുന്നത് അന്തര്യാമിയിലും ഈ ജീവനും തുല്യമായിരിക്കുന്നു സൃഷ്ടിക്കു കാരണമായിരിക്കുന്ന ഈശ്വരനും ജാഗ്രത സ്വപ്നങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഈ തൈജസനും പ്രാജ്ഞനും തൈജസന്റെ പ്രാജ്ഞനും ഇത് സമാനമായിരിക്കുന്നു അവിടെയും ഇതിന്റെ ഏകത്വത്തെ ബോധിപ്പിക്കുകയാണ് തത് അധ്യക്ഷസ്ഥേകു അമ്പ്യാകൃതാവസ്ഥ ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്നു ആ ചൈതന്യം അവ്യാകൃതാവസ്ഥന്യം ഒന്നു തന്നെ ചൈതന്യത്തിൽ വ്യത്യാസമില്ല ഉപാധികളുടെ വ്യത്യാസവും ഇവിടെ ഒരു പരിച്ഛിന്നമായ ഒരല്പമായ ഒരു ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് അവൻ ഉറങ്ങുന്നു അതിനെ നമ്മൾ പറയും ആ മായയെന്നോ അജ്ഞാനമെന്നോ പറയും ഈ ജീവനെ ആശ്രയിച്ചിരിക്കുന്നവര് ഒന്നിനെ ആശ്രയിച്ചു ആ വിദ്യ ആശ്രയിച്ചിട്ട് അവൻ ഉറങ്ങുന്നു അജ്ഞനായി ഉറങ്ങുന്നു ജീവൻ അജ്ഞനായി ഉറങ്ങുന്ന അതേസമയം തന്നെ അന്തര്യാമി സർവജ്ഞനായി ജഗത്കാരനായി സ്ഥിതി ചെയ്യുന്നു ഇത് രണ്ടിടത്തും അധ്യക്ഷനായിരിക്കുന്ന ചൈതന്യം വേഗമാണ് എന്നാണ് പറയുന്നത് ശുഷയെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് എന്താണ് ഇന്ന കഞ്ചന കാമം കാമേ കഞ്ചന സ്വപ്നം പശ്യതി അവൻ സ്വപ്നം കാണുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നില്ല ആ തരത്തിലും അജ്ഞനാണ് ജീവൻ അജ്ഞൻ തന്നെയാണ് ജീവൻ എന്തുകൊണ്ട് അജ്ഞനെന്ന് പറയുന്നു അവന് പ്രപഞ്ചബോധം ആഗ്രഹിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ജീവൻ അജ്ഞനെന്ന് പറയുന്നു അതേസമയമാണ് പറയുന്നത് അവനവിടെ സർവജ്ഞനും സർവീശ്വരനുമാണ് അതെങ്ങനെ അജ്ഞനായിരിക്കുന്നുവൻ സർവജ്ഞനും സർവീശ്വരനുമായി തീരും അതാണ് ഇവിടെ പറയുന്നത് എന്താണോ പ്രസവ ബീജാത്മകത്വം ജഗത്സൃഷ്ടിക്കുള്ള കാരണരൂപത്തിൽ അന്തര്യാമി അന്തര്യാമിയോടാണ് അവൻ ഏകീഭവിച്ചത് അവന്റെ അജ്ഞാനം കൊണ്ട് ഏകീഭവിച്ചത് ആ അന്തരിയാമി താൻ ഉണർന്നിരുന്നാലും ഉറങ്ങിക്കിടന്നാലും അവന്റെ സർവജ്ഞതയ്ക്ക് സർവേശ്വരത്വത്തിനൊന്നും കോട്ടം തട്ടുന്നില്ല എന്തുകൊണ്ട് ജഗത്കാരനോ ജഗത്കാരണനായിരിക്കുന്നവൻ അജ്ഞനായിരിക്കാൻ പറ്റത്തില്ല അശക്തനാകാൻ പറ്റത്തില്ല അതുകൊണ്ട് അവൻ സർവജ്ഞനും സർവശക്തനായും ഇരിക്കുന്നു അതുകൊണ്ട് കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അവൻ സർവജ്ഞനും സർവീശ്വരനുമാണ് അല്ലാതെ ഉറങ്ങുന്ന തന്നെ കുറിച്ചല്ല പറയുന്നു താൻ ഉണർന്നിരിക്കുമ്പോഴും അജ്ഞനാണ് ഉറങ്ങുമ്പോഴും അജ്ഞൻ തന്നെ സൃഷ്ടിക്കാൻ സാധ്യമല്ല അച്ഛന്ത്യ രചനാരൂപത്തിലുള്ളതാണ് ജഗത്ത് മനുഷ്യന്റെ ചിന്ത കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്റെ സങ്കല്പം കൊണ്ട് എനിക്ക് ലോകത്ത് സൃഷ്ടിക്കാൻ സാധ്യമല്ല അതാണ് ഈ രണ്ടിനെയും അധ്യക്ഷനായിരിക്കുന്നതും ഏകനായ അവ്യാകൃത അവസ്ഥന്യം തന്നെയാണ് പരിച്ഛിന്ന അഭിമാനാം അധ്യക്ഷാണാം ചേന ഏകത്വം ഈ പരിച്ഛിന്നാഭിമാനികളായിരിക്കുന്ന ജീവന്മാർ അനന്തമായ ജീവന്മാർ ആ ജീവന്മാർക്കെല്ലാം ആധാരമായിരിക്കുന്ന ആ ചൈതന്യം അവനും ആ അന്തര്യാമിയുമായിട്ട് പരമാർത്ഥത്തിൽ ഏകമാണ് ഇതി പൂർവോക്തം വിശേഷണം ഏകീഭൂത പ്രജ്ഞാനഘന ഇത്യാദി പോകുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുമ്പ് പറഞ്ഞ എന്താണ് ഏകീഭൂതനാണ് പ്രജ്ഞാനഘനനാണ് എന്നെല്ലാം പറഞ്ഞ് യോജിക്കത്തുള്ളൂ അല്ലാതെ ഈ ഏകത്വം മനസ്സിലാക്കാതെ സർവാന്തര്യുമായി ജീവൻ ഏകീഭവിച്ചിരിക്കുന്നു അവിടെ ഏകമായ ചൈതന്യമാണ് എന്നുള്ള തത്വം മനസ്സിലാക്കാതിരുന്നുകഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുമ്പോൾ ഏകീഭൂതനായി പ്രജ്ഞാനഘനനായിരിക്കുന്നെന്നും പറയുന്നതിന് അർത്ഥമില്ലാതെ അതുകൊണ്ട് ആ ഏകത്വത്തെ മനസ്സിലാക്കും അന്തര്യാമ്യോടുള്ള ആ താതാത്മ്യത്തെ ഏകീഭവനത്തെ മനസ്സിലാക്കിയിട്ട് ആ അന്തര്യാമിയുടെ ദൃഷ്ടിയിലാണ് ഏകമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം തസ്മിൻ ഉക്തഹേതു സത്വാച്ച ഈ പറഞ്ഞ ഹേതുക്കളെല്ലാം സർവേശ്വരൻ തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം അവിടെ ചോദിക്കും നമ്മൾ ആ ജീവഭാവം വിട്ടിട്ട് ആ പരമാത്മഭാവത്തെക്കുറിച്ച് ചിന്തിച്ചാലേ അത് യോജിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് തോന്നും എന്താണ് ഞാൻ തന്നെയാണ് ലോകത്തെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നൊക്കെ തോന്നിപ്പോൾ നീ ഈശ്വരനാണെന്നല്ല പറയുന്നു നീ അജ്ഞനാണെന്നാണ് ബോധിപ്പിക്കുന്നത് അത് സ്വന്തം അനുഭവത്തെ കാണിച്ചുകൊണ്ട് ബോധിപ്പിക്കുന്നു എന്താണ് അനുഭവം ഞാൻ അജ്ഞനാണെന്നാണ് എന്റെ അനുഭവം സ്വന്തം അനുഭവമാണ് ഞാൻ അജ്ഞനാണ് ഞാൻ അറിയുന്നില്ല ഭൂതഭാവികളെ ഞാൻ അറിയുന്നില്ല പ്രപഞ്ചരഹസ്യം എനിക്കറിയുന്നില്ല ഇത് ഇതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത് പിന്നെ സർവജ്ഞനും സർവീശ്വരനും ആണെന്ന് എങ്ങനെ പറയുന്നു ഈ ജഗത് അന്ധജ്യാമ്യായിരിക്കുന്ന ചൈതന്യമാണ് നിന്നലിരിക്കുന്നത് ആ ചൈതന്യത്തിന്റെ തലത്തിൽ നീയാ ചൈതന്യത്തോടെ ഏകീഭവിച്ചിരിക്കുമ്പോൾ എന്താണ് നീയ സർവഞ്ജനിൽ നിന്ന് നിന്ന് വേറിതിരിക്കാൻ കഴിയിട്ടില്ല ആ സർവജ്ഞൻ തന്നെയാണ് അതാണ് പറയുന്നത് കഥം പ്രാണശബ്ദത്വം അഭ്യാകൃത ഇവിടെ പ്രാണശബ്ദം ഉപയോഗിച്ചു അഭ്യാകൃതാത്മാവ് ഈശ്വരൻ നല്ല ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രാണശബ്ദം ഉപയോഗിച്ചു വാർഷികകാലം അതെങ്ങനെ ശരിയാകും കാലം പ്രാണനെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരീരം ശ്വാസോച്ഛ്വാസത്തിലൂടെയും മറ്റും നമ്മൾ അറിയുന്ന ഒന്നാണ് അല്ലെങ്കിൽ അനുമാനിക്കുന്ന ഒന്നാണ് പ്രാണശക്തി അതിനെയാണ് പ്രാണനെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ പ്രാണൻ പ്രാണൻ എന്ന് പറഞ്ഞ് അഭ്യാകൃതനെ കുറിച്ച് പറയുന്നു ഈശ്വരനെ കുറിച്ച് പറയുന്നു രൂഢമായ അർത്ഥത്തിലാണ് പ്രാണശബ്ദം ഉപയോഗിക്കുന്നത് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശക്തി വിശേഷം എന്നുള്ള നിലയ്ക്ക് ആരൂഢമായ അർത്ഥത്തെ വിട്ടിട്ട് അന്തര്യാമി എന്നുള്ള അർത്ഥം പ്രാണശബ്ദത്തിന് നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു പ്രസിദ്ധമായ അർത്ഥങ്ങൾക്ക് മറ്റർത്ഥം പറയാൻ പാടില്ല അതിന് തക്കതായ കാരണങ്ങൾ കൂടാതെ പറയാൻ പാടില്ല അപ്പൊ ഇവിടെ അതിന് തക്കതായ കാരണമുണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് പ്രാണബന്ധനം ഹി സൗമ്യ മനഹ ഇത് ശ്രുതി ശ്രുതി മനഃ എന്നുവെച്ച ജീവൻ മനസ് ജീവന മനസ്സെന്ന് വിളിക്കുന്ന എന്താണോ ജീവന്റെ മുഖ്യമായ ഉപാധി മനസ്സാണ് ഈ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇവൻ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത് അവന്റെ മനസ്സുകൊണ്ട് സാധിക്കത്തക്ക സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അവൻ ചെയ്യുന്നു ജാഗ്രത സ്വപ്ന സുഷുധികളിലൂടെയൊക്കെ അവൻ കടന്നുപോകുന്ന ഈ മനസ്സെന്ന് പറയുന്നവന് ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് അതുകൊണ്ട് മനഃപ്രധാനനാണ് ജീവൻ എന്ന് പറയുന്നത് മനസ്സെന്ന ഉപാധി എന്ന് പറയുന്നു അത് തന്നെ അതുകൊണ്ട് ജീവൻ അവിടെ പറയുന്നു മനസ്സ് ആ ജീവൻ പ്രാണബന്ധനാണ് പ്രാണനോട് ഏകീഭവിച്ചവനാണ് അന്തര്യാമിയോട് ഏകീഭവിച്ചവനാണ് അവനവന്റെ മനസ്സുകൊണ്ട് തന്നെ അന്തര്യാമിയിൽ നിന്ന് വേർപെടുത്തുന്നു ജാഗ്രസ്വപ്നങ്ങൾ പരമാർത്ഥത്തിൽ അവൻ അന്തര്യാമി തന്നെയാണ് ആണ് ഇവിടെ ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ ഒരു അന്തര്യാമി ഒരു ജീവൻ അങ്ങനെ കണ്ടുവരാൻ പാടില്ല പക്ഷെ ഇവിടെ അനുഭവം അതാണ് വാസ്തവത്തിൽ എന്താണ് ഏകം തന്നെയാണ് പ്രാണനോട് അന്തര്യാമിയോട് അവനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ ഒന്നായിരിക്കുന്നു ഇത് ശാന്തഗീതി പറയുന്നത് സുഷക്തിയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് ഉറക്കത്തിൽ എന്ത് സംഭവിക്കുന്നു ചോദി പുത്രൻ പിതാവിനോട് ഇപ്പൊ പറയുന്ന എന്താണ് അവിടെ അവന് പ്രാണബന്ധനം സംഭവിക്കുന്നു അവിടെ പ്രാണശബ്ദത്തിന് പ്രാണശക്തി എന്നുള്ള അർത്ഥം എടുക്കരുത് അന്തര്യാമിയാണ് അവിടെ അവൻ അന്തര്യാമിയോട് ഏകീഭവിക്കുന്നു അങ്ങനെ ഏകീഭവിച്ച ആ സ്ഥിതിയിൽ അവനെ ഇവിടെ പറയുന്നു അവൻ സർവജ്ഞനാണ് സർവേശ്വരനാണ് എന്ന് പറയുന്നു അതാണ് ഇവിടെ അദ്വൈതം അതിനെ സംബന്ധിച്ച ചർച്ചയാണ് നടത്തു വരുന്നത് തത്ര സദൈവ സ്വാമീജി പ്രകൃതം സദ്ബ്രഹ്മ പ്രാണശബ്ദവാച്ച് ഇവിടെ പ്രാണൻ എന്ന് പറയുന്നതിന് ഭാഷികാരൻ പറയുന്നത് ഉപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യം ഒന്നാണ് ജഗണനായിരിക്കുന്ന ചൈതന്യം അതായത് ബ്രഹ്മത്തിന്റെ വാസ്തവസ്ഥിതിയെ കുറിച്ച് എന്താണ് പറയുന്നത് അത് നിർഗുണമായി നിർലേപമായി നിരഞ്ജനമായി നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്തിൽ ഇരിക്കുന്ന ഒന്നാണ് യാതൊരു പ്രപഞ്ച സംബന്ധമില്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് എന്നാൽ പിന്നീതൊക്കെ എങ്ങനെയുണ്ടായി അങ്ങനെയുള്ള ഒന്നും പറയുന്നു അവിടെ അതിനൊരു ബീജാവസ്ഥയാണ് അവിദ്യയെന്നോ മായ എന്നോ പറയുന്ന ഒരു ശക്തി വിശേഷത്തോടു കൂടി അത് സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയാണ് അതാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് ശാന്തോഗ്യത്തിൽ സദൈവ സൗമ്യീതമഗ്ര ആസീതമായ അതിരീയം എന്നെല്ലാം പറഞ്ഞാണ് തുടങ്ങുന്നത് അവിടെ ആ സത്ത് എന്ന് പറയുന്ന എന്തിനാണോ ഈ ബീജാവസ്ഥയാണോ അതേ ശുദ്ധാവസ്ഥയാണോ അതാണ് ഇവിടുത്തെ ചർച്ച ശുദ്ധാവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് സൃഷ്ടിസ്ഥിതി സംഹാരം കൊണ്ടൊന്നും സംഭവിക്കുന്നു അത് വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്നു എന്നേ പറയാൻ പറ്റും അതാണ് വാസ്തവം അതാണ് പരമാർത്ഥം ബീജാവസ്ഥയാണെങ്കിലും അതിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതിനെയാണ് നമ്മൾ അന്തര്യാമി ജഗതീശ്വരൻ സർവജ്ഞൻ എന്നെല്ലാം വിളിക്കുന്നത് അവിടെ സദൈവ സൗമ്യ എന്ന് പറയുന്നിടത്ത് അതിൽ ഏതിനെക്കുറിച്ചാണ് പറയുന്നത് അന്തര്യാമിയായ ആ ബീജാവസ്ഥയെക്കുറിച്ചാണോ അതോ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചാണോ ബീജാത്മകത്വ അഭ്യൂമാ അവിടെ ആ എന്ന് പറഞ്ഞിരിക്കുന്നത് ബീജാത്മകമായ അവസ്ഥയാണ് യജീവന്മാരെല്ലാം സുഹൃത്തിയിൽ ഏകീകരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് ഏതൊന്നിനാണോ ഏകീഭവിച്ചിരിക്കുന്നത് ഏത് ഒരുവന്റെ ശക്തി കൊണ്ടാണോ സർവജ്ഞത കൊണ്ടാണോ അവന് പിന്നെ ഉണരാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് അറിഞ്ഞുകൊണ്ട് ഉണരാൻ കഴിയുന്നില്ല അറിഞ്ഞുകൊണ്ടുറങ്ങാൻ പറ്റുന്നില്ല രണ്ടും അറിവില്ലാതെ പറയുന്നുള്ളു ബോധം കേട്ട് ഉറങ്ങി ബോധമില്ലാതെ സംഭവിക്കുന്നു അപ്പോ ചൈതന്യസ്വരൂപനായിരിക്കുന്ന ഈ ജീവന് ബോധം നഷ്ടപ്പെടുമ്പോഴും അവനെ ഉണർത്തുന്ന ആരാണോ ബോധമില്ലായ്മയിൽ നിന്നാണ് ബോധത്തിലേക്ക് വരുന്നത് ഉറക്കത്തിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വരുന്നത് അല്ല ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഒരു വെച്ചാൽ അത് ഉണർവായി പിന്നെ അവിടെ ഉണരേണ്ട ആവശ്യമില്ല ഉണർത്തുന്നവനെ പിന്നെ ഉണർത്തേണ്ട ആവശ്യമില്ല അപ്പോ ഉറങ്ങിയവനെ ോധം നഷ്ടവൻപ്പെട്ടവനെ ഉണർത്തിയ അറിവ് ഏതാണ് എന്തായാലും തന്റെ അറിവല്ല തന്റെ അറിവായിരുന്നു ഇതെനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അറിയുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ അപ്പൊ ഏത് സർവജ്ഞനാണ് ഉറങ്ങിയവനെ ഉണർത്തിയത് ഏത് സർവശക്തനാണ് ഉറങ്ങിയവനെ നിലനിർത്തിയത് നിലനിർത്താൻ പറ്റുന്നു ഈ ശരീരത്തിൽ ഈ ജീവനം നിലനിർത്തുന്ന എന്താണ് ഈ പ്രാണനം എന്നുവെച്ചാൽ ഈ ജീവശക്തികളാണ് നിലനിർത്തുന്നത് പ്രാണൻ തന്നെ നിലനിർത്തുന്നത് പ്രധാനമായിട്ടും ചൈതന്യത്തിന്റെ സഹായത്തോടു കൂടി ഈ പ്രാണൻ നിലനിർത്തുന്നു ഉറക്കത്തിലോ അവിടെ ചൈതന്യത്തിന്റെ സഹായത്തോടു കൂടി ഈ പ്രാണൻ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മളറിയുന്നില്ല അപ്പൊ ഏതൊരു ശക്തിയാണ് നിലനിർത്തിയത് ഈ ശരീരത്തെയും ഈ പ്രാണനെയും കൂടെ ബന്ധിപ്പിച്ചത് ഉറക്കത്തിലും അതാണ് സർവേശ്വര സർവ്വ സർവേശ്വരൻ സർവ്വ ഐശ്വര്യങ്ങളും ഉള്ളവൻ സർവ വിഭൂതികളും ഉള്ളവനാണ് അത് ബന്ധിപ്പിച്ചത് അല്ലാതെ താനല്ല അജ്ഞനായ താനല്ല ആ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ജീവനം നിലനിർത്താൻ വേണ്ടിയൊക്കെ പരിശ്രമിക്കാം ഭക്ഷണം കഴിക്കാം വ്യായാമം ചെയ്യാം രോഗങ്ങളെ ഇല്ലാതാക്കാം പലതും ചെയ്യാം പക്ഷെ ഉറക്കത്തിൽ ഇതൊക്കെ ചെയ്താൽ നിലനിർത്തിയാര് അതുകൊണ്ടാണ് സർവേശ്വരൻ എന്ന് പറയുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉള്ളവൻ അപ്പോൾ ഇവൻ ഉറങ്ങുമ്പോഴും ഉണറങ്ങാതിരു ഉറങ്ങാതെ ഇരുന്ന് പ്രവർത്തിക്കുന്നവന്റെ പ്രവർത്തനത്തെയാണ് പാർശ്വസ്ഥം കാണുന്നത് അടുത്തിരിക്കുന്നു കാണുന്നത് ഇവന്റെ പ്രാണൻ ചരിക്കുന്നു ഇവന്റെ ജീവൻ നിലനിർക്കുന്നു എന്നെല്ലാം കണ്ടു പറയുന്ന ആളുടെ പ്രവൃത്തിയാണത് സർവേശ്വരന്റെ കാണുന്നത് അല്ല തന്റെ പ്രവൃത്തിയാണോ അല്ല തന്റെ പ്രവർത്തിയാണോ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി അറിയാൻ പറ്റുന്നില്ല തനിക്ക് അവിടെ ഒരു പ്രവൃത്തിയില്ല തനിക്ക് അവിടെ ഒരു ബോധമില്ല ആരുടെ ബോധം ആരുടെ പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിരുന്നത് സർവേശ്വരന്റെയാണ് ആ സർവേശ്വരനെയാണ് ഇവിടെ പറയുന്നത് സത്വം എന്ന് പറയുമ്പോ ജ്ഞാനത്തോടും ശക്തി വിശേഷങ്ങളോടും കൂടിയിരുന്ന സർവേശ്വരൻ ബീജാത്മകനായിരിക്കുന്ന ജഗത്കാരനായിരിക്കുന്ന സർവേശ്വരൻ അവനെയാണ് ഇവിടെ വംശത്തിൽ സത് എന്ന് പറയുന്നത് അല്ല സർവ ഉപാധിവിനിർമുക്തമായ അവസ്ഥയല്ല അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരു സർവേശ്വരനും സർവജ്ഞനും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഉറങ്ങാനും ഉണരാനും കഴിയുന്നത് പിന്നെ അത് സംഭവിക്കത്തില്ല അങ്ങനെ പറയുന്നത് ബീജാത്മകത്വ അഭ്യുമാ സതഹ ആ സത്ത് എന്ന് പറയുന്നത് എന്താണോ അന്തര്യാമിയാണ് സർവജ്ഞനും സർവേശ്വരനുമാണ് അവനാണ് ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നത് അവനാണ് ഈ ജീവന്മാരെ സൃഷ്ടിക്കുന്നതെന്നടുത്ത് പാരികയിൽ പറയും ഒരു ജീവൻ വരുന്നുകൊണ്ട് തന്റെ ചുറ്റും അനേക ജീവന്മാരെ കാണും അവന്റെ അനുഭവത്തിൽ കാണും അപ്പൊ താൻ കാണുന്ന ഈ അനേക ജീവന്മാര് തന്റെ സൃഷ്ടിയാണ് അനേക ജീവന്മാരെ തനിക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അനേകത്തിൽ ഒരുവനാണ് ഒരു പൂജ്യത്തിന് വേറൊരു പൂജ്യത്തെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല അപ്പൊ അനേകത്തിൽ ഒരുവനായിരിക്കുന്ന തനിക്ക് മറ്റ് ജീവന്മാരെ സൃഷ്ടിക്കാൻ സാധ്യമുണ്ട് അപ്പൊ അവിടെ എന്തു ചെയ്യണം ഒരു അവ്യാകൃതനെ അവിടെ അംഗീകരിച്ചേ പറ്റൂ അവനാണ് തന്നെ സൃഷ്ടിച്ചത് അവൻ തന്നെയാണ് മറ്റുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബീജാത്മകനായ ജഗദന്തര്യാമിയെ കാണുശ്രീ പറയുന്നത് സദൈവ സൗമ്യ അല്ലയോ പുത്ര അവിടെ സത്തായിരുന്നു ഈ സിഷ്ടിക്കു മുമ്പ് സത്ത് തന്നെയായിരുന്നു ഈ ഉണർവിന് മുമ്പ് സത്ത് തന്നെയായിരുന്നു രണ്ടിനോട് യോജിക്കും നീ ഉണരുന്നതിന് മുമ്പ് എന്തായിരുന്നു ആ സത്തായിരുന്നു അവിടെ സർവീശ്വരൻ മാത്രമായിരുന്നു ഇന്ന് ഉറക്കുകയും ഉണർത്തുകയും ചെയ്ത സർവീശ്വരൻ ഈ സിഷ്ടിക്കു മുമ്പ് എന്തായിരുന്നു അവിടെയും ആ സർവീശ്വരൻ തന്നെയായിരുന്നു എന്നാണ് യപ്രഹ്മി ജീവ ബീജാത്മക പ്രാണശബ്ദം കൊണ്ട് അതിനെയാണ് പറയുന്നത് ബ്രഹ്മെന്ന് പറയുന്നതിന്റെ വാസ്തവ സ്വരൂപം എന്താണോ ഈ കോലാഹലങ്ങളൊന്നും ഇല്ലാത്തതാണ് ഈ പ്രാപഞ്ചികമായ യാതൊരു വിശേഷതകളും ഇല്ലാത്തതാണ് ഈശ്വരന്റെ സൃഷ്ടിയാണ് നമ്മൾ കാണുന്നു അനുഭവിക്കുന്നുവെന്ന് ഈ സൃഷ്ടിയുടേതായ യാതൊരു തരത്തിലുള്ള ന്യൂനതകളും സംഭവിക്കാൻ പാടില്ലാത്തതായിരിക്കണം സൃഷ്ടികർത്താവ് അതുകൊണ്ടാണ് സൃഷ്ടികർത്താവ് തന്നെ നിർഗുണനെന്ന് പറയുന്നത് എന്താണ് സൃഷ്ടി നമ്മൾ കാണുന്നതെല്ലാം ഗുണങ്ങളാണ് ആ ഗുണങ്ങളെല്ലാം എന്താണ് ന്യൂനതകളാണ് ദ്വന്ദ്വാത്മകമാണ് ഇതെല്ലാം ഉള്ളവനാണ് സൃഷ്ടികർത്താവെന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ അനുനെല്ലാം സൃഷ്ടി കിടത്താവലും വരും അങ്ങനെ വന്നുകഴിഞ്ഞാലോ സൃഷ്ടികടുത്താവും ഈ സൃഷ്ടിയെ പോലെ തന്നെ അല്പജ്ഞനും അശക്തനും പരിച്ഛന്നനും എന്നായിപ്പോകും അങ്ങനെ ഒരാൾക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല സൃഷ്ടികർത്താവ് ഇതിൽ നിന്ന് തന്നെ അതീതനായിരിക്കണം അതീതനായിരിക്കണം എന്തായിരിക്കണം അതിനെ നിർക്കണമെന്നേ പറയാൻ പറ്റൂ വേറെന്ത് പേരിട്ട് വിളിക്കും ഇതാരാ സൃഷ്ടി കിടത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നത് ജീവനാണ് അവനെന്താണ് അവൻ സഗുണനാണ് നിർഗുണനായ ഒരു ജീവനുണ്ടോ ഇല്ല അവൻ അനന്ത ഗുണങ്ങളോടുകൂടിയായിരിക്കുന്നത് അപ്പൊ അവൻ കരുതുകയാണ് എന്നെപ്പോലെയാണ് സൃഷ്ടി കിടത്താവെന്ന് പറഞ്ഞാൽ താൻ തന്നെ സൃഷ്ടിക്കുന്നു തനിക്കതിന് ശേഷിയില്ലല്ലോ എന്തുകൊണ്ടാണ് താൻ സഗുണനായിരിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് തനിക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തത് തനിക്ക് സൃഷ്ടിക്കാൻ കഴിയാത്ത കാര്യം ഇവിടെ സാധിച്ചാൽ തന്നെപ്പോലെയാണെന്ന് അങ്ങനെ പറയാൻ പറ്റൂ അപ്പോ അത് നിർഗുണനാണ് അതാണ് ഈ അദ്വൈതത്തിൽ നിർഗുണം നിർഗുണമെന്ന് പറയുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്ന വേറെ ഏതെങ്കിലും രീതിയിലല്ല തന്റെ സഗുണത്വം തനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് തന്നിൽ നിന്നും വിലക്ഷണാനായ ഒരുവന് മാത്രമേ തന്നെ സൃഷ്ടിക്കാൻ കഴിയൂ കാരണം ആ സൃഷ്ടി തനിക്ക് സാധ്യമാകുന്നില്ല അതുകൊണ്ട് സൃഷ്ടികർത്താവിന്റെ യഥാർത്ഥ സ്ഥിതി നിർഗുണമായിരിക്കണം എന്നുവച്ചാൽ തന്നെപ്പോലെ അല്ല എന്നേ അതിനർത്ഥമാണ് ആ നിർഗുണരൂപത്തിൽ അതാണ് അതിന്റെ പരമാർത്ഥ രീതി അതാണ് അതിന്റെ പരമാർത്ഥമെങ്കിൽ പിന്നെ ഈ പ്രപഞ്ച കോലാഹലമെല്ലാം എങ്ങനെ ഇവിടുന്ന് ഇതിനെന്താ സമാധാനം അതിനുവേണ്ടി പറയുന്നു ഈ പ്രപഞ്ചത്തെ ധരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു ആ നിർഗുണനും ഒരു സഗുണഭാവത്തെ കൈക്കൊള്ളുന്നു അതിനടുത്ത് പറയുന്നു ജീവപ്രസവ ബീജാത്മകത്വം അത് അംഗീകരിച്ചേ പറ്റൂ ഈ ജീവസൃഷ്ടിയുടെ ജീവപ്രസവ ബീജാത്മകത്വം എന്ന് പറഞ്ഞ എന്താണ് ജീവസൃഷ്ടിയുടെ കാരണത്വം അത് ഈശ്വരനിലംഗീകരിച്ചേ പറ്റൂ അതെന്താ ഇത്ര പ്രയാസപ്പെട്ട് ഈശ്വരനിലതിനെ സമർത്ഥിക്കുന്നത് കാരണം ജീവൻ അതിന് കഴിയുന്നില്ല ഒരു ജീവന് വേറൊരു ജീവനെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല മാതാപിതാക്കന്മാർ സന്താനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടല്ലോ എന്താ സൃഷ്ടിക്കുന്നത് ശരീരത്തെ സൃഷ്ടിക്കുന്നു ശരീരത്തെയാ സൃഷ്ടിച്ചത് ചൈതന്യത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല സ്വേച്ഛയാ ചൈതന്യത്തെ സൃഷ്ടിക്കാനും നിലനിർത്താനും നശിപ്പിക്കാനും ഒന്നും ശരീരത്തെ സൃഷ്ടിക്കാൻ പറ്റും അതാണ് ജീവന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അങ്ങനെ ചൈതന്യവത്തായ ശരീരങ്ങളെയും ജഡമായ വസ്തുക്കളെയും കുലാലൻ ഘടത്തെ സൃഷ്ടിക്കുന്നു സ്ത്രീ പുരുഷന്മാർ സന്താനങ്ങളെ സൃഷ്ടിക്കുന്നു ഇതേ സംഭവിക്കുന്നുള്ളു പക്ഷെ ജീവനെ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല സ്വാതന്ത്ര്യമായിട്ട് അപ്പൊ ജീവപ്രസവ ബീജാത്മകമായുണ്ട് അതാണ് അവിടെ സത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ജഗതീശ്വരൻ അവനോടാണ് സൃഷ്ടിയിൽ താൻ ഏകീകരിച്ചത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും എന്ത് ചെയ്യുന്നു പരമാർത്ഥത്തിൽ അതാണെങ്കിലും താൻ അവനിന്ന് അകന്നയിക്കുന്നു എന്തിനെക്കൊണ്ട് തന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൊണ്ട് പ്രപഞ്ചങ്ങളെ പ്രപഞ്ച വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് താൻ അവനിന്ന് വേരട്ടയിക്കുന്നു സുഹൃത്തിയിൽ ഇതൊന്നും പ്രവർത്തിക്കാത്തുകൊണ്ട് ആന്തര്യാമിയുടെ ഏകീഭവിക്കുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവപ്രസവ ബീജാത്മകത്വം അപരിത്യജീവ പ്രാണശബ്ദവാച്യത്വം ഇപ്പൊ അവിടെ പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അന്തര്യാമിയാണ് ബീജാത്മകനാണ് എന്നാല് സത് ശബ്ദത്തിന്റെ അർത്ഥം വരും സദൈവ സൗമ്യ എന്ന് പറയുന്ന സത് ശബ്ദത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ശബ്ദത്തിന്റെ അർത്ഥമാണ് ഈശ്വരൻ നിർഗുണമെന്ന് പറഞ്ഞാലോ ആ ശബ്ദത്തിന് അർത്ഥമില്ല എന്നാണ് എന്റെ അർത്ഥം നിർഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം ആ ശബ്ദത്തിന് അർത്ഥമില്ലെന്നാണ് എന്തുകൊണ്ട് നിർഗുണത്തെ ഒരു ശബ്ദം കൊണ്ടും നമുക്ക് ബോധിപ്പിക്കാൻ പറ്റത്തില്ല യഥിഹി നിർബീജരൂപം വിവക്ഷിതം ബ്രഹ്മ ഭവിഷ്യത് യഥോ വാചോത്തന്ത അന്യോ നിർഗുണത്തെ ഒരു ശബ്ദം കൊണ്ടും ബോധിപ്പിക്കാൻ പറ്റത്തില്ല ഇനി നിർഗുണത്തെ ബോധിപ്പിക്കണമെങ്കിലോ നേതി നേ സത് എന്ന് പറയാൻ പറ്റത്തില്ല സച്ചിദാനന്ദ അതല്ല അതല്ല യഥോ വാചോ നിവർത്തന്തേ ഏതിൽ നിന്നാണോ വാക്കും മനസ്സും അപ്രാപ്തി മനസ്സാ സഹ എല്ലാം നിവർത്തിക്കുന്നത് അന്യദേവതവിദിതാ അത് അറിഞ്ഞതിനപ്പുറമാണോ അതോ അവിദിതാദി അറിയാത്തതിനും അപ്പുറമാണെന്നെ പറയാൻ പറ്റൂ അതാണ് നിർഗുണത്തെ കുറിച്ച് പറയുന്നത് സുഹൃത്തിയെ കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത് ഒന്നും അറിഞ്ഞില്ലെന്നാണ് അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ അത് നിർഗുണമല്ല സബീജമാണത് നിർഗുണത്തെയാണെങ്കിലോ എങ്ങനെ പറയാൻ പറ്റുമോ അറിഞ്ഞതിനപ്പുറമാണ് അറിയാത്തതിനപ്പുറമാണ് എന്ന് വെച്ചാൽ റിവില്ല അസത് എന്നുള്ള ശബ്ദം കൊണ്ട് അതിനെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല സത് എന്നുള്ള ശബ്ദം കൊണ്ടു അതിനെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല ഒരു ശബ്ദത്തിനും അത് വാച്യമാകത്തില്ല പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിനും ഒരു ശബ്ദവും സക്ഷമമല്ല അതുകൊണ്ടാണ് പറയുന്നത് ശാസ്ത്രം സത്യത്തെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതാണ് സത്യത്തെ ബോധിപ്പിക്കുന്നതിന് സത്യമെന്നുള്ള വാക്കും പര്യാപ്തമല്ല എന്നാണ് ബ്രഹ്മസത്യം എന്ന് പറയുന്നു അപ്പോ സത്യം പറയുന്നതിനാ ബ്രഹ്മത്ത് പക്ഷെ ആ സത്യം എന്ന് പറയുന്ന വാക്കതിന് പര്യാപ്തമല്ല സത്യത്തെ ബോധിപ്പിക്കാൻ ഒരു ശബ്ദമാണ് എന്താ പിന്നെ ഈ പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്നു സത്യം എന്ന് പറയുന്നു എല്ലാം അത് അതിന്റെ പരമാർത്ഥസ്വരൂപത്തെ അല്ല ബോധിപ്പിക്കുന്നു ജഗത്കാരണമായ അന്തര്യാമിയായിരിക്കുന്ന സർവജ്ഞനായിരിക്കുന്ന സർവശക്തമായിരിക്കുന്ന ഒരു ഭാവത്തെയാണ് അത് ബോധിപ്പിക്കുന്നത് അതിനെ ഈ വാക്കുകളോട് ബോധിപ്പിക്കുക അതുകൊണ്ട് ശാസ്ത്രം സത്യത്തെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് തികച്ചു സാങ്കേതികമായ അർത്ഥത്തിലാ പറയുന്നത് അതിനെ ശാസ്ത്രത്തിന് ബോധിപ്പിക്കാൻ പറ്റിയില്ല ഒരു ഗുരുവിനും ബോധിപ്പിക്കാൻ പറ്റില്ല അതിനെ ബോധിപ്പിക്കാവൊന്നുമില്ല വേദത്തിനും ബോധിപ്പിക്കാൻ പറ്റില്ല എന്ന് വേദം തന്നെ പറയുന്നു അതേ വേദം ശ്രമിക്കുന്ന എന്താണ് വേദത്തിലെ മുതൽ മുഴുവൻ വാക്കുകളും വേദം തന്നെ പറയുന്നു വേദത്തിലെ മുഴുവൻ വാക്കുകളും ആ സത്യത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നെ അതേ വേദം തന്നെ പറയുന്നു ആ സത്യത്തെ വേദത്തിന് ബോധിപ്പിക്കാൻ സാധ്യമല്ല എന്താണ് അതിന്റെ താല്പര്യം അതിന്റെ പരമാർത്ഥ രൂപത്തെ അതിനെ ഭാവാത്മകമായി ഇന്നതാണ് എന്ന് ബോധിപ്പിക്കാൻ സാധ്യമല്ല പക്ഷെ നിഷേധാത്മകമായി ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നേ പറയാൻ പറ്റുമെ നേതി നേടി അത് ശബ്ദത്തിന്റെ പരിമിതിയാണ് അർത്ഥബോധത്തിന്റെ പരിമിതിയാണ് ഇതല്ല ഇതല്ല എന്നേ ബോധിപ്പിക്കാൻ പറ്റൂ വാക്കും മനസ്സ് നിവർത്തിക്കുന്ന സ്ഥലമാണ് അറിയുന്നതിനും അറിയപ്പെടാത്തതിനും അപ്പുറമാണോ അങ്ങനെയാണ് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതും ഈ ഒരു വാക്കുകളും അതിനെ ബോധിപ്പിക്കുന്നതും ഇല്ല നിത്യപക്ഷ്യവിടെ സത്തെന്ന് പറഞ്ഞല്ലോ ശ്രുതിയിൽ അവിടെ ആ നിർബീജാവസ്ഥയാണ് ബോധിപ്പിക്കുന്നത് ഭൗതികതയെ നമ്മൾ പഠിച്ചു ബ്രഹ്മമാണ് സത്താണെന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് ആവർത്തി പറയുമെങ്കിലും ബ്രഹ്മാർത്ഥത്തിന് എന്താണ് സത്യശബ്ദം കൊണ്ടോ അസത് ശബ്ദം കൊണ്ടോ അതിനെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങൾ അതിന് സത്തെന്നൊരു പേരിടരുത് സത്യത്തിന് നിങ്ങൾ സത്യമൊന്നും പേരിട്ട് വിളിക്കരുത് എന്നാണ് പറയുന്നത് ബ്രഹ്മത്തിന് ബ്രഹ്മം എന്നുള്ള ഒരു പേരാണെന്ന് ധരിക്കരുത് ഈശ്വരന് ഈശ്വരൻ എന്ന് പേരുള്ളവരാണെന്ന് ധരിക്കരുത് പേരുള്ളതെല്ലാം എന്താണ് മാണ് ഈശ്വരന്റെ സൃഷ്ടിക്കാണ് നമ്മൾ പേര് കൊടുക്കുന്നത് ഈശ്വരന്റെ സൃഷ്ടിയാണ് ജീവൻ അവൻ പേര് കൊടുക്കുന്നത് ഈശ്വരൻ നിശ്ചയമനുസരിച്ച് ശ്രമിക്കുന്നു ഈശ്വരൻ എങ്ങനെ പേരിടാൻ തന്റെ സൃഷ്ടിക്ക് താൻ പേരിടുന്നത് പോലെ സൃഷ്ടി കെടുത്താവിന് പേരിടാൻ പറ്റും അപ്പൊ പേരില്ല നാമമില്ല അതുകൊണ്ടെന്തു പറയുന്നു അത് സത്വം ശബ്ദം കൊണ്ടോ അസത്തെന്നുള്ള ശബ്ദം കൊണ്ടോ ഒന്നും അവനെ ബോധിപ്പിക്കാൻ സാധ്യമല്ല അതാണ് പരമാ എന്നാലും നമ്മളെ ബോധിപ്പിക്കുന്നത് പരമാവധി ബോധിപ്പിക്കുന്നത് സശ്ദം കൊണ്ടാണ് എന്തുകൊണ്ടത് അതിന്റെ സ്വാഭാവികമായ അവസ്ഥയാണ് അങ്ങനെ അത് മനസ്സിലാക്കുക ഈശ്വരബോധത്തെ പരമാവധി ഉണ്ടാക്കുക എന്നാൽ അത് ശരിയായ രീതിയിൽ ഉണ്ടാക്കുക അതാണ് ഈശ്വരബോധം എങ്ങനെയെങ്കിലും എല്ലാവർക്കുമുണ്ട് ശ്രുതി ഉദ്ദേശിക്കുന്നതല്ല അതിന് പരമാവധി അതിന്റെ ശരിയായ രീതിയിലുണ്ടാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ഈ രീതിയിലെല്ലാം വിശദീകരിക്കുന്നത് വാസ്തവത്തിൽ അവിടെ പുതിയതായൊരു ബോധത്തെ നമുക്ക് ഉണ്ടാക്കി തരുന്നില്ല നമ്മളിരിക്കുന്ന ഭ്രാന്തികളെ മാറ്റുന്നതേ ഉള്ളൂ ഈശ്വര ബോധമെന്ന് പറഞ്ഞൊരു പുതിയൊരു ബോധം പൊട്ടിമുളച്ച് വരുത്തുന്നുമില്ല എന്ത് ഭ്രാന്തികളാണോ ഇപ്പം നിലനിൽക്കുന്നത് അത് പിന്നെ ശേഷിക്കുന്നതോ അതാണ് അതാണ് നേരി എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ പ്രാപഞ്ചികമായ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അറിവിനെ ആർജിക്കുന്നത് നമുക്ക് ഈശ്വരനെ സംബന്ധിച്ചും ഒരു അറിവിനെ ആർജിക്കാനൊക്കെ എന്തുകൊണ്ട് നമ്മുടെ അറിവിൽ അല്പഞ്ജനായിരിക്കുന്ന തുച്ഛനായിരിക്കുന്ന ഈ ജീവന്റെ എത്ര വലിയ അറിവായാലും ആ അറിവിൽ ഒതുക്കിക്കളയാമെന്നുള്ള ഒന്നല്ല ഈശ്വരൻ പിന്നെ നമ്മൾ ഈ ആർജിക്കുന്ന അറിവുകളെല്ലാം ഈ ഭ്രാന്തിയെ നിരാകരിക്കുന്നതിന് മാത്രമേ സഹായിക്കത്തുള്ളൂ അതെന്ന് പറയുന്നത് സത്യന്നോ അസത്തന്നോ ഒന്നും അതിന് പറയാൻ പറ്റത്തില്ല നിർബീജത ലീനാനാം സമ്പന്നാനാം സുഷ്ടപ്രയോഹോ പുനരുത്ഥാനം അനുബുദ്ധി ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് നിർഗുണമായ ആ ചൈതന്യതയാണെന്ന് പറഞ്ഞാലോ അല്ല സുഷുദ്ധി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് ആ നിർഗുണമായ അവസ്ഥ ഉറക്കമെന്ന് പറയുന്നത് പാരമാർത്ഥികമായ ആത്യന്തികമായ നിലയെന്ന് നമ്മളെ ധരിപ്പിക്കുകയല്ല ആത്യന്തികവും പാരമാർത്ഥികവുമായ സ്ഥിതി എപ്പോഴും ഉള്ളത് തന്നെ ജാഗ്രതനും സ്വപ്നത്തിനും സുഷ്ടും എല്ലാം ഉള്ളത് തന്നെ നമ്മൾ പോകുകയും വരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് സുഷൃത്തി നമ്മൾ ഓണന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ജാഗ്രത ഇത് ആ പാരമാർത്ഥികതയിൽ നിന്നും വ്യത്യാസം എന്താണ് ആ വ്യത്യാസം അവിടെ ആ നിർബീജതയില്ല നിർഗുണത്വില്ല സുഷൃത്തി എന്തുകൊണ്ട് അവിടെ നമ്മൾ എന്ത് പറയുന്നു റിയുന്നില്ല എന്ന് പറയുന്നു ഇവിടെ എന്താണ് പറയുന്നത് അറിയുന്നതിനും അറിയാത്തതിനും അപ്പുറമാണ് വാസ്തവം സൃഷ്ടിച്ചെക്കുറിച്ച് നമുക്ക് അങ്ങേയറ്റം അറിയാവുന്നില്ല എന്താണോ ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്നതാണോ പരമാർത്ഥം അല്ല അത് പരമാർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിന്റെ ആവശ്യം അത് പരമാർത്ഥമാണെങ്കിൽ പിന്നെ ആരും ഉണരത്തുമില്ല മുക്തൻ പിന്നീട് സംസാരത്തിലേക്ക് വരുന്നുണ്ട് വീണ്ടും ധനം വരുന്നില്ല അങ്ങനെ നിർബീജത ഏവ ചേ സതി ആ സുഹൃപ്തനിൽ നിർബീജതയാണ് സംഭവിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നീനാനാം സമ്പന്നാനാം സുപ്തപ്രളയോഹോ പുനരുത്ഥാനുഭൂത്തി സാർ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ പറങ്ങുന്നവന് പിന്നീട് വളരാൻ കഴിയാതെ വരും പരമാർത്ഥം ആണ് സദാ നിലനിൽക്കുന്നത് ഈ കാലദേശങ്ങളുടെ പരിമിതികളിൽ തന്നെ കാലദേശ അധിവർത്തിയായി നിൽക്കുന്നതാണ് പരമാർത്ഥം അങ്ങനെ ആ പരമാർത്ഥം അതായിരിക്കെ തന്നെ നമ്മൾ ഉണരുന്നു ഉറങ്ങുന്നു സ്വപ്നം കാണുന്നു അപ്പൊ ഈ ഉറക്കത്തിനും ഉണർവിലും സ്വപ്നത്തിനും ഒരു അപരമാർത്ഥതയുണ്ട് ഒരസത്യതയുണ്ട് ആ അസത്യതയും നമ്മൾ മനസ്സിലാക്കണം ആ ഒരു അസത്യ നിൽക്കുന്നുകൊണ്ടാണ് ഉറങ്ങിയിട്ട് വീണ്ടും ഉണരേണ്ടി വരുന്നത് ആ അസത്യ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഉറക്കത്തിൽ ആ അന്തരിയാമിയോട് ഏകീഭവിച്ചിട്ടും വീണ്ടും ഉണർന്നു വരേണ്ടി വരും അത് വരുമല്ലോ എന്തുകൊണ്ട് ആ തന്നിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചത് ഈ ജീവനെ സൃഷ്ടിച്ചത് അതടുത്ത് പറയും അവനോട് ഏകീഭവിച്ചിരുന്നവനെ തന്നെ അവൻ രണ്ടാക്കിയത് ജലന്തി തന്റെ തന്നെ ഉപാധാനങ്ങൾ എടുത്തുകൊണ്ടാണ് അതിന്റെ വലയം നീണ്ടത് വീണ്ടും തന്നെ തന്നെ വിലയിപ്പിക്കുന്നു താൻ അവിടെ വിലയിക്കുന്നു എന്നതുകൊണ്ട് എനിക്ക് മുക്തി കിട്ടുന്നില്ല എന്തുകൊണ്ട് അത് ഈശ്വരൻ അധീനനായി മായാധീനനായി താൻ സദാ പ്രതിക്ഷണം ജാഗ്രത സ്വപ്ന സുഷുക്തികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അത് ഈ സൃഷ്ടിയുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് സുഷുതിയിൽ പരമാർത്ഥികമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉണരാൻ കഴിയാതെ വരും അതുകൊണ്ട് അത് സംഭവിക്കുന്നില്ല അവിടെ എന്തോ ഒരു ന്യൂനതയുണ്ട് എന്തോ ഒരു പോരായ്മയുണ്ട് ചുഴ്ത്തിയിൽ എന്താണ് പോരായ്മ അത് ഈശ്വരനെ അറിയാൻ പറ്റും എല്ലാരും നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഒരു പോരായ്മയുണ്ടെന്നേ പറയാൻ പറ്റും ആ പോരായ്മക്ക് കൊടുത്തിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ അത് പിടികിട്ടാത്തതുകൊണ്ട് ജീവനും മനസ്സിലാക്കി തരാൻ മറ്റാർക്കും കഴിയാത്തതുണ്ട് അത് ഈശ്വരന്റെ തന്നെ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം ഈശ്വരൻ ജീവൻ അത് വെളിപ്പെടുത്തി കൊടുക്കാത്തതുകൊണ്ട് ജീവൻ അതിനെക്കുറിച്ച് പരമാവധി ചിന്തിച്ചാൽ പറയാൻ കഴിയുന്ന എന്താണ് മായ അവിദ്യ അജ്ഞാനം ഈ ശബ്ദത്തിലൂടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല അങ്ങേറ്റം നമുക്ക് പറയാമെന്നുള്ള എന്താണ് നമുക്ക് പിടികിട്ടാത്ത അതാണ് വാസ്തു സുഹൃത്തിയിൽ നമുക്ക് പിടികിട്ടാത്ത എന്തോ അതുകൊണ്ട് വീണ്ടും ഉണർന്നു വരുന്നു അതിന് നമുക്ക് ഏത് പേരിട്ടും വിളിക്കാം അടുത്തിനി പറയും അവിദ്യയെന്നോ മായ എന്നോ ഒക്കെ പറയാം ഒക്കെ ഒന്ന് എന്നുവെച്ചാൽ യാതൊരു തരത്തിലുള്ള വാദവിവാദങ്ങൾക്കും ഇടം കൊടുക്കാത്ത സ്ഥാനമാണ് സുഷത്തി അവിടെ എന്തെങ്കിലും ഉണർലെന്നോ എന്തെങ്കിലും ഇല്ലെന്നോ ഒന്നും തർക്കിച്ചിട്ട് കാര്യമില്ല അതിനെ വലിയ വിവാദങ്ങളൊക്കെയാണ് അദ്വൈതത്തിൻ തന്നെ ചിന്താഗതികളെ പിന്തുടരുന്നവര ചില അജ്ഞാനുണ്ട് ചില കുറയും ഇല്ല ഉണ്ടില്ല എന്ന് തർക്കിക്കേണ്ട ഒരു ഇടമല്ലാതെ അവിടെ തർക്കിക്കും മനുഷ്യന്റെ ബുദ്ധിയുടെ കസർത്തുകൾ ഇവിടെ പറയുന്ന എന്താണ് അതിനൊന്നും ഇവിടെ സ്ഥാനമില്ല ഒരു കാര്യം ഉറപ്പാണ് ഉറങ്ങുന്നവൻ ഉണർന്നു വരുന്നു സംസാരിയായി ഉറങ്ങുന്നവൻ സംസാരിയായി തന്നെ വരുന്നു അവ മുക്തനാകുന്നില്ല അവന് മുക്തനാക്കാത്ത എന്തോ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട് എന്താ ീ ജാഗ്രത സംഭവിച്ചിരിക്കുന്ന ജാഗ്രതുകൊണ്ടാവാൻ മുക്തനാകാത്തത് അത് തന്നെയാണ് സൃഷ്ടിന് അവനെ മുക്തനാകാൻ അനുവദിക്കാതിരിക്കുന്നത് അതെന്താ കാര്യം നമുക്കറിയത്തില്ല അറിയില്ലെങ്കിൽ എന്ത് പറയും ആ വിദ്യ എന്ന് പറയുക അജ്ഞാനം എന്ന് പറയുക അല്ലെങ്കിൽ മായ എന്ന് പറയുക അതാർക്കറിയും അത് സർവേശ്വരനും സർവജ്ഞനുമായിരിക്കുന്ന ഈശ്വരനെ അറിയാൻ പറ്റും കാരണം പുനരുത്ഥാനുഭൂത്തി അവിടെ ആ ഏകീഭവനം പൂർണ്ണമായിരുന്നെങ്കിൽ പിന്നീട് ഉണരത്തിലേരുന്നു പക്ഷെ അവിടെ ഏകീഭവനം സംഭവിച്ചെങ്കിലും ഈശ്വരൻ അവന് വീണ്ടും ഈ പ്രപഞ്ചത്തിലേക്ക് തള്ളിവിടുന്നു സൃഷ്ടി വീണ്ടും ആവർത്തിക്കുന്നു വീണ്ടും അവൻ സംസാരത്തിലേക്ക് വരുന്നു വീണ്ടും തിരിച്ച് അവിടേക്ക് തന്നെ പോകുന്നു മുക്താനംച പുനരുത്പത്തി പ്രസംഗ ഈ സുഷുപ്തിയും മുക്തിയും ഒന്നായിരുന്നു ഒന്നായിരുന്നെങ്കിൽ പിന്നെ മുക്തന് മുക്തിക്ക് വിശേഷ കാരണം മുക്തനും പിന്നെ സംസാരത്തിലേക്ക് വരുമെന്ന് പറയും മുക്തൻ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷ്ടുക്തനാണ് അജ്ഞൻ ജാഗ്രതത്തിനും സൃഷ്ടീനും എല്ലാം ഒരുപോലെ അജ്ഞനാണ് ഈ വ്യത്യാസം ഇവിടെ നിലനിൽക്കുന്നു മുക്തന് സംസാരമില്ല മുക്തന്റെ അനുഭവമാണ് മുക്തനിക്ക് സംസാരമില്ല എന്നുള്ളത് മുൻജാൻ ഓവിന്ദൻ ഇപ്പിയതേ അടുത്ത് പറയും അജ്ഞന്റെ അനുഭവം അല്ല അജ്ഞന്റെ അനുഭവമാണ് അവർ ശ്രുതി പറയേണ്ട കാര്യമില്ല നീ അജ്ഞനാണ് ശ്രുതി പറയുന്നുണ്ട് നീ അജ്ഞനാണ് അതവന്റെ അനുഭവത്തെ അവന് വിശദീകരിച്ചു കൊടുക്കുന്നു എന്നേ ഉള്ളൂ ശ്രുതി പറഞ്ഞിട്ടില്ലാമേ അറിഞ്ഞ അജ്ഞനാണ് എങ്ങനെയാണോ അജ്ഞന് തന്റെ അജ്ഞത പ്രത്യക്ഷമായിരിക്കുന്നത് അതുപോലെ മുക്തന് തന്റെ മുക്തിയും പ്രത്യക്ഷമാണ് ഇത് രണ്ടും ഇവിടെ ഒരുപോലെ നിലനിൽക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഇവിടെ ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷ്ടെല്ലാം ഒന്നിക്കുന്നു ഒന്നിച്ചാലും ഇവരെല്ലാം രണ്ടുപേരും രണ്ടു വഴിക്കാണ് യാത്ര ഒരാൾ ബന്ധനത്തിലൂടെ യാത്ര ഒരാൾ മുക്തിയിലൂടെ യാത്ര അപ്പോ ഇവിടെ എവിടെയെങ്കിലും ഇവർക്ക് തുല്യത അവകാശപ്പെടാൻ പറ്റൂ ജാഗ്രത മുക്തനും അജ്ഞനും എന്തെങ്കിലും തുല്യത ഉണ്ടോ ഇല്ല സ്വപ്നത്തിലുണ്ടോ ഇല്ല എന്നാ പിന്നെ സുഷുതി കാണോ അതാണ് ഇവിടെ പറയുന്നത് സുഷുത്തിനുമില്ല സുഷൃത്തിയിലും ബന്ധൻ ബന്ധന അങ്ങനെ തന്നെ മുക്തൻ മുക്തൻ തന്നെ ഇവരെ രണ്ടുപേരും ഈ ഏതെങ്കിലും മൂന്നാവസ്ഥയിൽ എവിടെയെങ്കിലും വെച്ച് ഒന്നാണെന്ന് പറയാൻ പാടില്ല രണ്ടും രണ്ടും തന്നെയാണ് അതാണ് പറയുന്നത് മുക്താനാ സ്വപ്ന ഉത്പത്തി നിങ്ങൾ പറയണം സുഷൃത്തിയിൽ വ്യത്യാസമൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തനും വീണ്ടും തിരിച്ചു വരും മുക്തനെയും പിന്നെ ഈശ്വരം സൃഷ്ടിക്കുന്നു എന്ന് പറയേണ്ടി അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഏകീഭവനം സുഹൃത്തിയിൽ ഉണ്ടെങ്കിലും ജീവൻ മുക്തനാകാൻ കഴിയുന്നില്ല അവനെ മുക്തനാക്കാൻ ഇതിരിക്കുന്ന അനിർവചനീയമായ അതിനെക്കുറിച്ച് ആചാര്യസ്വാമിയോട് പറയുന്നത് അത് അനിർവചനീയമാണ് നിർവചിക്കാൻ കഴിയാത്തതെന്ന് അവിടെയുണ്ട് ഈ ജീവബുദ്ധിക്ക് പിടികിട്ടാത്ത ഒന്നുണ്ട് അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ബീജാഭാവ വിശേഷ മുക്തനെയും അച്ഛനെയും കൂടെ ഒരിക്കലും തുല്യമാക്കരുത് അതല്ല അപ്പോ സുഷുതിയിൽ ആ ബീജമുണ്ട് മുക്തിയിൽ ആ ബീജമില്ല സൃഷ്ടിക്കുള്ള വീണ്ടും വരുന്നതിനുള്ള ബീജമില്ലതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ടു ഒന്നായിക്കഴിഞ്ഞാലോ ബീജാഭാവം രണ്ടിടത്തും പറയേണ്ടി വരും അങ്ങനെ വന്നുകഴിഞ്ഞാൽ കുഴപ്പമാവും മുക്തൻ വീണ്ടും ജനിക്കുന്നതെന്ന് വരും ബദ്ധൻ സുഷുത്തിയിൽ മുക്തനാകുന്നതെന്നും വരും ആ വേണമെങ്കിൽ പറയാം താത്കാലികമായി മുക്തനാകുന്നു എന്ന് പറയാത്ത വ്യക്തി അത് സംഭവിക്കുന്നു ഈ പ്രപഞ്ച അനുഭവങ്ങളൊന്നും ഇണ്ടാക്കുന്നു അതുകൊണ്ട് രണ്ടും രണ്ടാണ് എന്ന അതുകൊണ്ട് അവിടെ കുതർക്കങ്ങൾ എന്താണോ ഒന്നും ഇവിടെ ഉന്നയിക്കരുതെന്നാണ് പറയുന്നത് ഈ വിശദീകരിക്കുന്നതിന് താല്പര്യം ജ്ഞാനി ഉറങ്ങുന്നുണ്ടോ ഞാനീ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറക്കമെന്ന് പറയുന്നത് ബീജാവസ്ഥയല്ലേ അജ്ഞാനമല്ലേ അപ്പോൾ അജ്ഞാനമുണ്ടെങ്കിൽ ഞാനീ അവിടെ ബദ്ധനാകുന്നില്ലേ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കാണും അതൊക്കെ കുതർക്കങ്ങളാണ് തത്വബോധത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളല്ലേ ഇനി അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റൂ പറ്റത്തില്ല അവിടെ ജ്ഞാനി എപ്പോഴും ഉണർന്നിരിക്കേണ്ടേ തത്വജ്ഞാനിയിലും ജാഗ്രത സ്വപ്ന സൃഷ്ടികൾ ഉണ്ടാവേണ്ടേ തത്വജ്ഞാനി ഉറങ്ങുന്നതായി കാണുന്നുണ്ടല്ലോ അപ്പൊ എങ്ങനെ നിങ്ങളുടെ വേദാന്തം ശരിയാകും ഇത്തരം കുദർത്ഥങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു സ്ഥാനമില്ല എന്നരന്റെ പരമാർത്ഥ സ്ഥിതി ദുർഗുണമായ സ്ഥിതി എന്ന് നമ്മൾ കൽപ്പിക്കുന്നു കൽപ്പനയാണ് ആ സ്ഥിതിയിൽ തന്നെയാണ് ഈ ബന്ധനങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥിതിയിൽ ഈ ബന്ധനങ്ങളെല്ലാം ഉണ്ടെന്ന് പറയാം ഈ ബന്ധനങ്ങളെല്ലാം നിഷേധിക്കുകയും ചെയ്യാം ആ നിഷേധത്തിലാണ് നിങ്ങളുടെ നിലയെങ്കിൽ നിങ്ങൾ മുക്കൻ ഉണ്ടെന്നുള്ള നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ബന്ധൻ ഇത്രയുള്ള വ്യത്യാസം ഒരുവൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതാണ് ബന്ധമോക്ഷങ്ങൾ വ്യവസ്ഥ അപ്പൊ മുക്തി എന്നുള്ള നിലയിലാണ് നിൽക്കുന്നതെങ്കിലോ അവന് തന്റെ സ്വരൂപത്തിൽ നിന്നും വ്യതിരിക്തമായി ജാഗ്രത ഇല്ല സ്വപ്നവും ഇല്ല സുഷുതിയും ഇല്ല തന്നിൽ തന്നിൽ നിന്ന് ഭിന്നമല്ലാതെ ജാഗ്രത സ്വപ്നവും സുഷുപ്തി എല്ലാം ഉണ്ട് ഈ രീതിയിൽ അതിനെ വിശദീകരിക്കാൻ മനസ്സിലാക്കാം ആ രീതിയിലേക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരുവന്റെ അനുഭവം ഒരിക്കലും മറ്റൊരുവന് വെളിപ്പെടുന്നില്ല ലൌകികമായ അനുഭവങ്ങൾ പോലും അവന് മുക്തി എന്ന് പറയുന്നത് എങ്ങനെ അജ്ഞനെ വെളിപ്പെടും അപ്പൊ അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം മുക്തിയെ സംബന്ധിച്ച് നൂറ് നൂറ് ചോദ്യങ്ങൾ കാണും കാരണം അതവന് വെളിപ്പെടാത്തതുകൊണ്ട് അതിനെല്ലാം സമാനം പറയേണ്ട ബാധ്യത മുക്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം അവന് ചോദ്യങ്ങളില്ല അതുകൊണ്ട് അവിടെ ഉത്തരങ്ങളുടെയും ആവശ്യമില്ല ഇത് പകലും വെളിച്ചവും രണ്ടസ് ആണ് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഒരു അജ്ഞനായ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുഷുതിയിൽ അവൻ നിർബീജതയല്ല അവിടെ സബീജതയാണോ എന്നും മനസ്സിലാക്കുക ശ്രുതി അനുസാരിയായി അതിനങ്ങനെ മനസ്സിലാക്കുക കുതിർക്കമാണെങ്കിൽ വേറെ വഴിക്ക് പോവാം അത് തത്ത്വബോധത്തിന് സഹായിക്കത്തില്ല ഇവിടെ പറയുന്നത് തത്വബോധത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ദുഃഖം നിവൃത്തിയ അല്ലെങ്കിൽ അജ്ഞാനം നിവൃത്തി എന്ന് പറയുന്നത് തത്വബോധത്തിലൂടെ സാധ്യമാകും കൊണ്ട് ആ ബോധത്തെ ശരിയായി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിനാണ് ഇതിനെങ്ങനെ വിശദീകരിക്കുന്നത് ഞാൻ ദാഹ്യ ബീജ അഭാവേജ ഞാൻ ആനർത്ഥിക്കപ്പെടുന്നു നമ്മൾ ഒരു തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് എങ്ങനെ ശരിയായ തത്വബോധത്തിലെത്തും പുതർക്കങ്ങളിൽപ്പെട്ടിട്ട് മനസ്സ് പുഴങ്ങിപ്പോയാൽ ഉള്ളിലെ പ്രകാശം പ്രകാശിക്കാതെ പോകും കാര്യങ്ങളെ ഗ്രഹിച്ചു പോകുക അതിനു വേണ്ടിയിട്ടിവിടെ പറയുന്നു ഇനിന്നും അക്ഷരാർത്ഥത്തിൽ എടുത്തിട്ട് അവിടെ ലോജിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്ന അതുകൊണ്ടൊന്നും പ്രയോജനം ഉറങ്ങുന്നു ഉറക്കത്തിന്ന് ഉണർന്നു വരുന്നു ഉണർന്നു വരുന്നതിനുള്ള എന്തോ ഒന്നും ഉണ്ടായിരുന്നു ഇവിടെ ഒരാൾക്ക് വിവേകമുണ്ടായി അയാൾ നിത്യ ഉണർവ്വ് സ്ഥിതി ചെയ്യുന്നു അയൽ സ്ഥിതി ചെയ്യുന്ന നിത്യ ഉണർവാണ് ആ നിത്യ ഉണർവിൽ എങ്ങനെയാണോ ജഗത്കാരണനായിരിക്കുന്ന ഈശ്വരനിൽ സൃഷ്ടിച്ചി പ്രളയങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആത്മനിഷ്ഠനായ ആ ജീവനിലും ജാഗ്രത സ്വപ്ന സൃഷ്ടികളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ില്ല അമനിലെന്താ സംഭവിച്ചത് അമന്റെ വിവേകം കൊണ്ട് നശിക്കേണ്ടതായ എന്തോന്ന് അവിടെ ഉണ്ടായിരുന്നു അത് നശിച്ചു തണ്ണിലെന്തായിരിക്കുന്നത് അങ്ങനെ നശിക്കേണ്ട ഒന്നും നശിച്ചിട്ടില്ല വിവേകം കൊണ്ട് നശിക്കേണ്ടതൊന്നും നശിച്ചില്ല വിവേകം കൊണ്ട് നശിക്കേണ്ടതായ അവിവേകം നശിച്ചില്ല അപ്പൊ അവിവേകമെന്ന് പറയുന്ന ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് ഞാനീ അജ്ഞാനിയും മേറതിരിക്കുന്നത് അവവേകമെന്ന് പറയുന്ന ഒന്ന് അവശേഷിക്കുന്നോണ്ടാണ് ഉറക്കത്തിൽ ഏകീഭവിച്ചിട്ടും വീണ്ടും ഉണർന്നു വരുന്നത് അവവേകിയായി ഉറങ്ങുന്നു അവേകിയായി തന്നെ ഉണരുന്നു അവവേകം നശിക്കുന്നുണ്ട് അതിന് ജ്ഞാനദാഹ്യ ബീജാഭാവേ ജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതായ ആ അവിടെ ഇല്ല ഒരുവനിലില്ല എന്നൊന്നു കഴിഞ്ഞാൽ ഞാൻ അനടുത്തേക്ക് പ്രസവം പിന്നെ പ്രയോജനമൊന്നുമില്ല നിങ്ങൾ ഉറങ്ങുന്നോ ഉണർന്നിരിക്കുന്നോ സ്വപ്നം കാണുന്നോ എന്നുള്ളതല്ല ഇവിടെ മുഖ്യമായി പറയുന്നു ജ്ഞാനം കൊണ്ട് നശിക്കേണ്ട ഒരു അവവേകം നിങ്ങളിൽ ഉണ്ടോ ഇപ്പോ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അതെപ്പോഴും ഉണ്ടായിരുന്നു നശിച്ചിട്ടില്ല ഉറങ്ങിയപ്പോ അത് നശിച്ചില്ല ഉണർന്നപ്പോ മീണ്ടും അതുണ്ട് നശിക്കണം അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കവും ഉണർവും സ്വപ്നവും തമ്മിൽ വ്യത്യാസമില്ല അതാതാ അതിന്റെ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അവൻ ഞാൻ ദുഷ്ടനായി തന്നെ സ്ഥിതി ചെയ്യും ചെയ്യും അവൻ പിന്നീട് അജ്ഞനാകുന്നില്ല അവന് ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവമില്ല അതാ തന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവമുണ്ട് ആ ഞാനിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം ഉണ്ട് ഇതാണ് വ്യത്യാസം ഒരാൾക്ക് താൻ അജ്ഞനാണെന്നുള്ളതിനെ മറച്ചു വയ്ക്കാൻ കഴിയുന്നില്ല റിഞ്ഞോ അറിയാതെയോ സദാ തന്റെ ഉള്ളിൽ അത് സ്മുരിച്ചുകൊണ്ടേയിരിക്കുന്നു അച്ഛനാണ് തന്റെ എല്ലാ വ്യവഹാരങ്ങളിലും തന്റെ എല്ലാ വ്യവഹാരങ്ങൾക്കും തന്റെ അജ്ഞതയാണ് ബലം അജ്ഞത ആചരിച്ചവൻ സർവകാര്യങ്ങളേർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാനീ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ അങ്ങനെ ഒരു അജ്ഞത ആചരിച്ചയാളൊന്നും ചെയ്യുന്നില്ല അജ്ഞന്റേതു പോലെയുള്ള വ്യവഹാരങ്ങൾ അയാൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അജ്ഞന്റേതു പോലെയുള്ള ജാഗ്രത സ്വപ്ന സുഹൃത്തികൾ അയാളിൽ മാറി മാറി സംഭവിക്കുന്നുണ്ടെങ്കിലും താൻ അജ്ഞനാണെന്നുള്ള അനുഭവം അയാൾക്കില്ല എന്തായാലും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരനുഭവമില്ല ആർക്കു ഉണർന്നിരിക്കുമ്പോൾ താൻ അജ്ഞനാണെന്നുള്ള ഒരു അനുഭവമില്ല അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് അജ്ഞനിൽ ജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതായ ഒന്നിനെ എല്ലാ അവസ്ഥകളിലും സ്വീകരിക്കുന്നു അത് ജാഗ്രതെന്നോ സ്വപ്നമെന്നോ സുഷ്ടോന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മളറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഉണ്ടത് അതിസമയം ഞാനീലാണെങ്കിലും അങ്ങനെയൊന്നുമില്ല അതുകൊണ്ടവിടെ ഞാനും കൊണ്ട് നശിക്കേണ്ടതായ ഒന്നാണ് ഈ രണ്ട് കൂട്ടരെയും വേറെതിരിക്കുന്നത് എന്നിവിടെ പറയുന്നു തസ്മാത് സബീജത്വ അഭിമുഖമേനൈവ സതഹപ്രാണത്വ ഉപദേശ അതുകൊണ്ട് ആ സത്തായിരിക്കുന്ന പരബ്രഹ്മത്തെ പ്രാണൻ എന്ന് പറയുന്നത് സബീജത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തിന് ഈ സൃഷ്ടിയിലേക്ക് വരുന്നതിന് കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ അവിദ്യയെ അല്ലെങ്കിൽ മായയെ സ്വീകരിച്ചുകൊണ്ടാണ് അപ്പോൾ അസുഷുപ്തനായിരിക്കുന്നവനും അതിൽ നിന്ന് മുക്തനാകാൻ കഴിഞ്ഞില്ല എന്തോ അവനെ അപ്പോഴും കീഴ്പ്പെടുത്തിയിരിക്കുന്നു സർവ്വശ്രുതിഷിച്ച കാരണത്വ ഉപദേശ അതുകൊണ്ട് പ്രാണൻ കാരണം എന്നെല്ലാം ഈ അന്തര്യാമി പറയുന്നത് ആ സബീജമായ അവസ്ഥയെ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ സഗുണം നിർഗുണം എന്നുള്ള രീതിയിലല്ല പറയുന്നു ഇവിടെ സബീജം നിർബീജം എന്നാണ് പറയുന്നത് അദ്വൈതത്തിന്റെ രീതിയാണ് സബീജമായിരിക്കുന്നത് അന്തരിയാണ് നിർബീജമായിരിക്കുന്നത് അതിനപ്പുറമുള്ള ഇത് രണ്ടും ഒരിടത്ത് തന്നെ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അസബീജമായ അവസ്ഥയിരിക്കുമ്പോൾ താൻ അതിന് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ താൻ അജ്ഞനായിരിക്കുന്നു അവിടെ ഒരു ചോദ്യം വരും ഈശ്വരൻ അവ്യാകൃതാവസ്ഥയിൽ സബീജനായിരുന്നു കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു അപ്പൊ ഈശ്വരൻ അജ്ഞനാവുമോ ഒരു ബാരിസ്യമായ കാരണം സബീജതയെ പറയുന്നു ഒരിക്കലും ആകുന്നില്ല എന്തുകൊണ്ട് കാരണം ആ ഈശ്വരന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ ജീവൻ തന്നെ അതിവിടെ പറയുന്നുണ്ടല്ലോ ജീവൻ ഈശ്വരന്റെ സൃഷ്ടിയാണ് ആ ജീവൻ തന്നെ അവൻ അനേക ജന്മങ്ങളിലൂടെ കറങ്ങി അവസാനം ഗുരുവിനെ പ്രാപിച്ച് ഉപദേശം തേടി ആത്മബോധം പ്രകാശിച്ചുകഴിഞ്ഞാൽ ആ ജീവൻ തന്നെ പിന്നീട് ഒരിക്കലും അജ്ഞനാകുന്നുണ്ട് ആ ജീവൻ സശരീരനായിരുന്നു ജാഗ്രത സ്വപ്ന സുഷുത്തി വ്യാപാരങ്ങളിലെല്ലാം മുഴുകിയിരുന്നാലും അവൻ അവനൊരിക്കലും അജ്ഞനാകുന്നുണ്ട് ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും അവൻ അജ്ഞനാകുന്നുണ്ട് അത് കേവലൊരു ജീവനിൽ ആ അജ്ഞത സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ നെച്ച് കഴിഞ്ഞാൽ ജഗത്കാരനായിരിക്കും ഈശ്വരൻ എങ്ങനെ സംഭവിക്കും ഒരിക്കലും ഈശ്വരന് അജ്ഞത സംഭവിക്കുന്നില്ല അജ്ഞാനത്തെ ആശ്രയിച്ച് സൃഷ്ടിച്ചി വ്യവഹാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലും ആ അജ്ഞാനം ഈശ്വരനെങ്കിൽ മായ അത് ഈശ്വരനെ ബന്ധിക്കുന്നില്ല ബാധിക്കുന്നില്ല അതുകൊണ്ട് ഈശ്വരൻ സദാ സർവ്വമുക്തനായി തന്നെയിരിക്കുന്നു ആത്യന്തികമായി ഈശ്വരഭാവവും ജീവഭാവവും വിട്ട് ആ ചൈതന്യം ഏകരൂപത്തിൽ നിത്യമുക്തനായി സ്ഥിതി ചെയ്യുന്നു അതിനെടുത്തുകൊണ്ടാണ് ഇനി പറയാൻ പോകുന്നത് ഇവിടെ ബദ്ധനുമില്ല സാധകനുമില്ല മുക്തനുമില്ല മൂക്ഷമില്ല എന്നൊക്കെ പറയുന്നു ആ ചൈതന്യത്തിന്റെ നിലയിൽ നിന്നുകൊണ്ട് പറയുകയാണ് അല്പഞ്ജനന്റെ ജീവന്റെ നിലയിൽ നിന്നുകൊണ്ടല്ല അതേവ അക്ഷരാ അക്ഷരമായിരിക്കുന്ന ഈ പരം അക്ഷരത്തെ പരമെന്ന് പറഞ്ഞു വ്യാകൃതന് അതിനും പരനായിരിക്കുന്നതാണ് വാസ്തവം ക്ഷര പരമായിരിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് എന്താണ് ഈ അഭ്യാകൃതനാണ് സുഷു ജീവൻ പോയി ലയിക്കുന്ന സ്ഥാനമാണ് പരവുമായ അക്ഷരം അതിനും അപ്പുറമായിരിക്കുന്നു പരമാർത്ഥം അജ ആ അജനായിരിക്കുന്നവൻ അവൻ ജനിക്കുന്നില്ല പക്ഷെ അവൻ തന്നെ എന്തു ചെയ്യുന്നു ഭാഷ്യവും ആഭ്യന്തരവുമായി കാര്യവും കാരണവുമായി അവൻ സ്ഥിതി ചെയ്യുന്നു ാണ് വ്യാകൃതമായിരിക്കുന്ന ഈ നാനാ രൂപത്തിലുള്ള പ്രപഞ്ചരൂപം അത് കാര്യം കാരണമെന്ന് പറയുന്ന വ്യാകൃത രൂപം അപ്പൊ വ്യാകൃത അവ്യാകൃത രൂപത്തിൽ അതാണ് ബാക്കി അഭ്യന്തരമായി ഇരിക്കുന്നവനാരാണ് ആജനാണ് ഇതിനെല്ലാം അതീതനായിരിക്കുന്നവനാണ് ഇതിനെ എല്ലാം ശ്രദ്ധിച്ച് ബോധിപ്പിക്കുകയാണ് അത് എങ്ങനെ അതിനെങ്ങനെ പറയും എങ്ങനെ വിശദീകരിക്കും പറയുന്നു ഏതോ വാച്ചോ നിർത്തണ്ടി വാക്കിനെ പ്രവർത്തിക്കാൻ കഴിയില്ല നേരി നേരി ആ ബീജത്വത്തെ നിഷേധിച്ചിട്ട് അതിന് ബോധിപ്പിക്കുന്നു ബോധിപ്പിക്കുന്നു സബീജമായ അവസ്ഥയും ബോധിപ്പിക്കുന്നു ബന്ധനാവസ്ഥയും ബോധിപ്പിക്കുന്നു മുക്താവസ്ഥയും ബോധിപ്പിക്കുന്നു ഇതെല്ലാം ചെറിയ ബോധിപ്പിക്കുന്നു താം തസൈവ പ്രാജ്ഞശബ്ദവാച്യത്വരീയത്വേന ദേഹാദിസംബന്ധരഹിതം പാരമാർത്ഥികയും പൃഥക്വക്ഷേ ഇനി പറയുന്നതാണ് ആ അബീജമായ അവസ്ഥയെ ആ ചൈതന്യത്തിന്റെ തന്നെ ആ വിശ്വന് തന്നെ ആ വിശ്വന് തന്നെയാണ് അബീജാവസ്ഥയിരിക്കുന്നത് ഇവിടെ പറഞ്ഞു പറഞ്ഞു പല ദൈവങ്ങളെയും പല മുക്തന്മാരെയും ബദ്ധന്മാരെയും എണ്ണം വിശദീകരിക്കുകയല്ല ഒന്നിനെ തല്ല അബീജമായ അവസ്ഥ ആ അബീജാവസ്ഥ ആർക്ക് പറയുന്നു തസ്സീവ ആ വിശ്വന് തന്നെ പറയുന്നു പ്രാജ്ഞ ശബ്ദവാച്യ അവൻ തന്നെയാണ് പ്രാജ്ഞനായും തേജസ്സനായും ഇരിക്കുന്നത് പക്ഷെ അവിടെ എങ്ങനെ നിർദ്ദേശിക്കുന്നു തുരിയത്വേന ായി നിർദ്ദേശിക്കുന്നു തുര്യനായി നിർദ്ദേശിക്കുന്നത് ഈ വിശ്വനെ തന്നെ ഈ പ്രാജ്ഞനെ തന്നെ ഈ തേജസ്സനെ തന്നെയെന്നാണ് പറയുന്നത് വിശ്വന്മാരിൽ നിന്നും ഭിന്നനായി വരുവനെ എന്നെ ഇവിടെ തുര്യനായി നിർദ്ദേശിക്കുന്നു അതിനെ തന്നെ തുര്യനായി നിർദ്ദേശിക്കുന്നു അതിനെ തന്നെ എന്തിനു തുര്യനായി എങ്ങനെ നിർദ്ദേശിക്കുന്നു കാരണം അന്റെ പാരമാർത്ഥിക നില തുര്യമാണ് അതിന്റെ ആ പാരമാർത്ഥികമായ തന്നെയാണ് നമ്മൾ വിശ്വതയസ്സ പ്രാജന്മാരെന്ന് പറയുന്നത് അതാണ് തസീവാന്ന് പറഞ്ഞു ആ വിശ്വനെ തന്നെ നിർദ്ദേശിക്കുന്നു എന്താണ് തുരിയത്യന അവർ ഇവിടെ എന്തു പറഞ്ഞു ത്രിധാ ദേഹേത വിശ്വനും പ്രാജ്ഞനും തയ്യസനും ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അവനാ പേര് പറയുന്നു ശരീര ബന്ധം വിട്ടുകഴിഞ്ഞാലോ ദേഹാദി സംബന്ധരഹിതാം പാരമാർത്ഥികയും പൃഥക് ഭക്ഷ്യതയും ദേഹാദി സംബന്ധരഹിതമായ പാരമാർത്ഥികമായ ഒരു നിലയെക്കുറിച്ച് വേറിട്ടും പറയുന്നു അതിന് തുര്യൻ എന്ന് പറയും അപ്പോൾ തുര്യനെന്ന് പറയുമ്പോൾ അങ്ങനെ ധരിച്ചുളളയരുത് എന്താണ് നേരത്തെ പറഞ്ഞു അത് പശുവിന്റെ നാലു കാലുപോലെ നാലായി നാലാമതായിരിക്കുന്നതല്ല ഈ വിശ്വൻ തന്നെയാണ് തുര്യൻ പ്രാജ്യം തന്നെയാണ് തിരിയൻ തേജസ്വൻ തന്നെയാണ് തുര്യൻ എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെന്താ അതിലൊരു വേർതിരിവ് ആ വേർതിരിവെന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് വളരെ നിസ്സാരമാണ് അതിനെ വളരെ കട്ടിയുള്ള ഒരു മറം കൊണ്ട് രണ്ടായിട്ട് വേർതിരിച്ച് വെച്ചിരിക്കുകയല്ല അതൊന്നു തന്നെയാണ് അതൊന്നു തന്നെയാണ് മനസ്സിലാക്കുന്നതാണ് അദ്വൈതം അദ്വൈതത്തിൽ ഇങ്ങനെ രണ്ടുപേരും ഒരു പ്രാജ്ഞനും ഒരു തിരിയനും ഇങ്ങനെ രണ്ടായിട്ട് വരും ഒരു വിശ്വനും ഒരു തിരിയനും ഒരു തൈജസ്സനും തിരിയനും അങ്ങനെ ഈ രണ്ടായിട്ട് ഇങ്ങനെ വരും മരത്തിലൊന്നു തന്നെയാണ് പക്ഷെ വളരെ തുച്ഛമായ അണുവാച്യമായ ഒരു മറ ഇതിനെങ്ങനെ രണ്ടായിട്ട് നിർത്തിയിരിക്കുന്നു ബീജ അവസ്ഥാപിതർശന അനുഭൂയതേ വേദി ശ്രദ്ധ അദ്ദേഹം ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ തുരിയെ ഉറങ്ങിയും ഉണരുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുമ്പോ ഈ ശരീരത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ തുരി മൂന്ന് പേര് കൊടുത്തിരിക്കയാണ് വിശ്വ തേസ്വപ്രാജ്ഞന്മാരും അതിലാ ബീജാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണോ സ്വപ്നവും ജാഗ്രതും ഈ തുര്യന് സ്പഷ്ടമായിരിക്കുന്നത് ഈ തുരിയെ തന്നെയാണ് സ്വപ്നത്തിനെയും ജാഗ്രതയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതവനെങ്ങനെയാണോ സ്പഷ്ടമായിരിക്കുന്നത് അതുപോലെ അവന് സുഷുതിയും സ്പഷ്ടമാണ് എങ്ങനെ നമുക്ക് ഇഞ്ചിതവയോദിഷം അതാ അവൻ പറയുന്നു ഞാനൊന്നും അറിഞ്ഞില്ല ഈ അനുഭവത്തിൽ സർവർക്കുമുള്ളതാണല്ലോ ഉറങ്ങി ഞാനൊന്നും അറിഞ്ഞില്ല ഇത് ബുദ്ധിരസ്യ പ്രത്യേക ദർശനം ഉണർന്നവനിങ്ങനെ ഒരു ബോധമുണ്ട് ആ ബോധത്തെ ആരും നിഷേധിക്കുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ബോധ അതുകൊണ്ട് ദേഹി അനുഭൂയതയെ ആ തുര്യൻ ചെയ്യുന്നു ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി വിശ്വ തൈസപ്രാജന്മാരെ അറിയുന്നു എങ്ങനെ അറിയുന്നു അവൻ തന്നെ പറയുന്നു എന്താണ് ഞാൻ ഉണർന്നു ഞാനിപ്പോ ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുര്യൻ എന്ത് ചെയ്യുന്നു തന്നെ വിശ്വനാക്കുന്നു ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ തുര്യൻ തന്നെ തൈജസ്സനാക്കുന്നു ഞാനൊന്നും അറിയാതെ ഉറങ്ങി എന്ന് പറഞ്ഞാൽ തുര്യൻ തന്നെ പ്രാചനാക്കുന്നു അത് എങ്ങനെ ചെയ്യുന്നു ഈ ദേഹത്തോട് ബന്ധപ്പെടുത്തി തന്നെ മൂന്നാക്കുന്നു ത്രിത ദേഹിയ വ്യവസ്ഥിത എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം അതാണ് അതുപറഞ്ഞ ഈ തുലിയേനെക്കുറിച്ചുള്ള ബോധത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ഈ ബോധമുള്ളവനെ കുറിച്ച് അത് അടുത്ത് പറയും ഈ ബോധമുള്ളവന് ഉണ്ടണന്നിരിക്കാം അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടിട്ട് സമാധി പോയിരിക്കാം അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഭാവനയും കാണുന്ന ഒരു സമാധിയുണ്ട് ആ സമാധിയും ഇവിടെ പറയുന്ന എന്താണ് ഈ തുര്യനെക്കുറിച്ചുള്ള ഉണർവും ഇത് രണ്ടും തമ്മിലും വ്യത്യാസമില്ല അവന് ഉണർന്നിരുന്നു കൊണ്ട് ഈ തുര്യനെ സാക്ഷാത്കരിക്കാം അല്ലെങ്കിൽ അവന് സമാധി പോയിരിക്കാം അവിടെ വ്യത്യാസമില്ല രണ്ടിനെ കുറിച്ച് ഇവിടെ തന്നെ പറയുന്നുണ്ട് അടുത്ത് വരുന്നത് ആദ്യം പറയുന്നത് ആ തുരിയനെ തുരിയനിലുള്ള ഉണർവിനെ വിശ്വനിൽ ഉണർന്നിരിക്കുന്നവൻ ദുര്യനിൽ ഉണരുന്നു അത് രണ്ടും തമ്മിലുള്ള അതിർ വരമ്പെന്ന് പറയുന്നത് തുച്ഛമായ അനുവചനീയമായ മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത് ഒന്ന് മാത്രം എന്താണത് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ വിശ്വനല്ലാതായിത്തീരും പ്രാജ്യൻ അല്ലാതായിത്തീരും തയ്യൽസൻ അല്ലാതായിത്തീരും അതാണ് ആ തത്വചിന്തയുടെ യഥാർത്ഥമായ ബോധത്തിന്റെ അതൃവരമ്പെന്ന് പറയുന്നത് വളരെ നിസാരമാണ് വളരെ തുച്ഛമാണ് അതിനെ ആ രീതി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് ആ ശ്രമം പലപ്പോഴും വഴിതിരിഞ്ഞു പോകുന്നുണ്ട് അത് വളരെ കഠിനമായി അനുഭവപ്പെടുന്നു അത് പിന്നെ സാധിക്കൂ ഗുരു കൃപം അല്ലാതെ അത് സാധിക്കത്തില്ല അതിന്റെ തുടക്കം തുടക്കത്തിൽ തന്നെ പറഞ്ഞു അതങ്ങനെയാണ് സാധിക്കേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ ആനർത്തിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ അജ്ഞാനം എന്ന് പറയുന്നതിനെ ഒന്നിനെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ജ്ഞാനം കൊണ്ട് പ്രയോജനമില്ലാതെ വരും കാരണം ജ്ഞാനം കൊണ്ട് നശിക്കേണ്ട ഒന്ന് വേണം അജ്ഞനെയും ഞാനേയും വേറിതിരിക്കണം ജ്ഞാന ആനർത്ഥക്യ പ്രസംഗം എന്ന് പറയുന്നതാണ് അജ്ഞാനത്തെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ജ്ഞാനം വ്യത്ഥമായി തീരണം അജ്ഞാനത്തെ എവിടെ സ്വീകരിക്കണം നിങ്ങൾ അജ്ഞനായി എവിടെയൊക്കെ ഇരിക്കുന്നു അവിടെയൊക്കെ സ്വീകരിക്കണം അജ്ഞനായി നിങ്ങൾ എവിടെയിരിക്കുന്നു ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുയിലും ഒക്കെ നിങ്ങൾ അജ്ഞനായിരിക്കണെങ്കിൽ അവിടെയൊക്കെ അജ്ഞാനത്തെ സ്വീകരിക്കണം അങ്ങനെ പറയാൻ കാരണം സുഷുതിയിൽ ജീവൻ ഈശ്വരനോട് ഏകീഭവിച്ചു എന്ന് പറയുന്നു ശരി ഏകീകരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നല്ലോ ഉണർന്ന് വരുമ്പോൾ മുക്തനാകണല്ലോ അപ്പൊ അത് സംഭവിക്കുന്നില്ല അതെന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ടാ നശിക്കേണ്ടതെന്തോ അത് നശിച്ചില്ല അതങ്ങനെ ഈശ്വരനോട് ഏകീഭവിച്ചിട്ടും അത് നശിക്കാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരവെന്താണ് ഈശ്വരൻ തന്നോട് ഏകീഭവിച്ചിരുന്നവനെയാണ് ഇങ്ങോട്ട് വിട്ട വിട്ടിരിക്കുന്നത് അവിടെ നശിപ്പിച്ചോ നശിപ്പിച്ചില്ല നശിപ്പിക്കാതെ വിട്ടിരിക്കുന്നത് ഈശ്വരനോട് ഏകീഭവിച്ചോ എന്ന് പറഞ്ഞാൽ നശിക്കണമെന്നില്ല നമ്മൾക്ക് പല ധാരണകളും ഇതിനെക്കുറിച്ച് കാണും അതൊക്കെ മാറ്റേണ്ടി വരും ശരിയായ തത്വജ്ഞാനത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ മാറ്റേണ്ടി വരും ഇവിടെ ഉപൻഷത്ത് എന്ന് പറയുന്നു ആചാര്യസ്വാമികൾ എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ് ഈശ്വരനോട് ഏകീഭവിച്ചാൽ മോക്ഷമായി പിന്നെന്താ പിന്നെ വേറെ എന്താ ഈശ്വരനോട് സദാ ഏകീകിച്ചിരുന്നിട്ടും താൻ മോക്ഷം മുക്തനാകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് പരമാർത്ഥമതായിരിക്കേ താൻ ബന്ധനസുതനായിരിക്കുന്നു ഇതെന്താ സംഗതി ഇതാണ് മായ ഇതെങ്ങനെ മാറും ഗുരുഗൃപ കൊണ്ട് മാറും വേറെ വഴിയുന്നു അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം ചുരുക്കം അതെനിക്ക് പിടികിട്ടുന്നില്ലല്ലോ പിടികിട്ടുന്നുണ്ടെങ്കിൽ വേറെ പണി നോക്കുക പോയി വേറെ വഴിയുന്നു അതാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ വേറെ വഴികൾ പറയുന്നത് യോഗവും ത്യാഗവും കർമ്മവും ഉപാസനകളും വേറെ പല മാർഗങ്ങളുണ്ട് ആ വഴിക്കൊക്കെ ശ്രമിക്കുക ശ്രമിച്ച് ശ്രമിച്ച് അതിന്റെ പാകത വന്ന് വന്ന് വന്ന് ജന്മജന്മാന്തരങ്ങളിലൂടെ എപ്പോഴാണോ ആ പാകത വരുമ്പോൾ അപ്പസംഗതി മനസ്സിലാവും ഇത്രയേ ഉള്ളൂ നിസാരമാണ് അപ്പ മനസ്സിലാവും താൽബന്ധനും അല്ല മുത്തനുമല്ല എന്നുള്ള അപ്പ മനസ്സിലാവും അതുവരെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു അതാണ് ഇവിടെ അത് ഇവിടെ ഇത് എത്ര പറഞ്ഞാലും ഒരു കാര്യം തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും എത്ര കേട്ടാലും താൻ നിക്കുന്ന നിലയിൽ തന്നെ നിക്കുകയും ചെയ്യും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ദക്ഷിണാക്ഷി മുഖേ വിശ്വ മനസ്യന്തസ്തു തൈജസ ആകാശേ ജഗർദി വ്യവസ്ഥ k mm -hmm.